പറഞ്ഞു കൊടുത്തു പതിനൊന്നാമത്തെ അധ്യായത്തില് ബ്രഹ്മത്തില് പ്രാണൻ ചലിച്ച് ദേശകാലങ്ങളായി പൊന്തി വിശ്വത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ എങ്ങനെ നടക്കണു എന്നുള്ളതും കാണിച്ചു കൊടുത്തു ഇത് രണ്ടേ ഉള്ളൂ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് സ്വഭാവം അതിനു മുമ്പൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് സ്വരൂപം ആത്മാവിന്റെ തത്വം ആത്മതത്വം ആത്മതത്വം ഗുരുവിൽ നിന്ന് കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കണം മനനം ചെയ്യണം ഉറപ്പിക്കണം അരേ അയം ആത്മാ്രോതവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ അരേയം ആത്മാ ദ്രഷ്ടവ്യ ആത്മാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കണ്ടെത്തുക എന്ന് വെച്ചാൽ ആത്മാവിനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ തന്നെ താൻ കണ്ടെത്തുക തൻ്റെ സ്വരൂപത്തിനെ തന്നെ അറിയുക തന്നെ അറിയാൻ എന്താ വഴി താനല്ലാത്ത വസ്തുക്കളൊക്കെ അനിത്യമാണ് ആദ്യം പരീക്ഷിച്ച് കണ്ടെത്തി തള്ളിക്കളയണം പതുക്കെ ജീവിത അനേക ജന്മങ്ങളിലൂടെയും ഈ ജീവൻ താനല്ലാത്ത വസ്തുക്കളെയൊക്കെ മാറ്റുന്നു പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണു നിർവേദമായാത് നിർവേദമായാത് നാസ്തി അകൃതകൃതേന നല്ലവണ്ണം പരീക്ഷിച്ച് വിശകലനം ചെയ്ത് താനല്ലാത്ത വസ്തുക്കളെയൊക്കെ മാറ്റി ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം പ്രാണൻ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ബോധം അത് തൻ്റെ സ്വരൂപമാണ് അതൊഴിച്ചു ബാക്കിയൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്നത് പരിണമിക്കുന്നത് പരിണമിക്കാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ നമ്മളുടെ അനുഭവത്തിൽ ശുദ്ധമായ അനുഭവം അഥവാ ആത്മാ അസ്തിത്വം അതിനെ കണ്ടെത്താനുള്ള മാർഗം ആത്മവിചാരം ഇത് ഭഗവാൻ പലയിടത്തായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു ആത്മന്യേവ ആത്മനാതുഷ്ട എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു തന്നിൽ താൻ ആനന്ദം കണ്ടെത്താം എന്നുവെച്ചാൽ തന്നെ കണ്ടെത്താം തൻ്റെ സ്വരൂപം എന്താണ് എന്ന് കണ്ടെത്താം അതിനുള്ള മാർഗമാണ് നമ്മൾ ഏകദേശം എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും പറയണത് ഞാൻ ആര് എന്നുള്ള ചോദ്യം പ്രശ്നം ഇത് വെറും ഒരു ചോദ്യമല്ല ഈ ചോദ്യം പരമമായ സത്യത്തിനെ കാണിച്ചു തരും ഈശ്വരനെ കാണിച്ചു തരും ആത്മതത്വം പ്രകാശിപ്പിക്കും ഞാൻ എന്നുള്ളത് എന്താണ് മനസ്സില് അനേക വിചാരങ്ങളുണ്ട് എല്ലാ വിചാരത്തിനും മൂലമായ വിചാരം ഞാൻ എന്നുള്ള വിചാരമാണ് ഞാൻ എന്നുള്ള വിചാരം വരാതെ നീ അവൻ മുതലായിട്ടുള്ള വിചാരങ്ങളൊന്നും തന്നെ വരില്ല സാധ്യമല്ല എല്ലാ വിചാരത്തിനും മൂലമായിട്ടുള്ള വിചാരം ഞാൻ എന്നുള്ള വിചാരമാണ് ഞാൻ എന്നുള്ള വിചാരം പൊന്തിയ ശേഷമേ നീ അവൻ മുതലായിട്ടുള്ള വിചാരങ്ങളൊക്കെ പൊന്തി വരുള്ളൂ ഇപ്പൊ ഈ എന്താണ് അതിൻ്റെ സ്വരൂപം എന്താണ് അഹം പദാർത്ഥം ഞാൻ എന്നുള്ളതിൻ്റെ പദത്തിൻ്റെ അർത്ഥം ഉള്ളിൽ വിശകലനം ചെയ്തു നോക്കുക ഈ ഞാൻ എവിടുന്ന് പൊന്തുണോ അത് ആരാഞ്ഞു നോക്കാം ആരാഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നൊരു വസ്തുവേ ഇല്ല ഇവിടെ അഖണ്ഡമായ ബോധം മാത്രമേ ഉള്ളൂ അഖണ്ഡമായ അഖണ്ഡം എന്ന് വെച്ചാൽ അൺ ഇന്റപ്റ്റഡ് അതിൽ ഖണ്ഡിക്കപ്പെടാത്തതെന്നർത്ഥം ബാക്കിയൊക്കെ ഖണ്ഡിക്കപ്പെടുന്നതാണ് മനസ്സിൽ വിചാരങ്ങൾ വന്നു പോകും നമുക്ക് മൂന്നവസ്ഥകളാണ് ഉള്ളത് ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത് പിന്നെ സ്വപ്നം സ്വപ്നത്തിൽ അനേക ദർശനങ്ങളുണ്ടാവും സ്വപ്നാവസ്ഥ പിന്നെ സ്വപ്നം പോലും കാണാതെയുള്ള അവസ്ഥ സുഷുപ്തി സുഖമായ ഉറക്കം ഈ മൂന്ന് അവസ്ഥയിലാണ് നമ്മളുടെ സകല അനുഭവങ്ങളും പ്രപഞ്ചത്തിൽ എന്തൊക്കെ കണ്ടുപിടിക്കപ്പെട്ടാലും അതൊക്കെ ജാഗ്രത അവസ്ഥയിൽ അടങ്ങി പിന്നെ ജാഗ്രത് കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് അല്പമൊന്ന് കൂമ്പിയാൽ സ്വപ്നം മനസ്സ് നല്ല വണ്ണം ലയിച്ചാൽ ഉറക്കം അതേപോലെ മനസ്സ് പകുതി വിരിഞ്ഞാൽ സ്വപ്നം മനസ്സ് നല്ല വണ്ണം വിരിഞ്ഞാൽ ജാഗ്രത ഉണർന്നു ഈ മൂന്നവസ്ഥകൾ ഈ മൂന്നവസ്ഥകളെ ഉള്ളൂ ഈ മൂന്നവസ്ഥ അല്ലാതെ നാലാമതൊരവസ്ഥാ മണ്ഡലം ആർക്കും അറിയില്ല പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും എല്ലാ അനുഭവങ്ങളും ഈ മൂന്നിൽ ഒതുങ്ങി ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സ്വപ്നം പോലും കാണാതെ ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥ ഇതിൽ ജാഗ്രതത്തിലെ ശരീരം ഉണ്ട് മനസ്സുമുണ്ട് അതായത് ജാഗ്രത വെച്ചാൽ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ശരീരവും ഉണ്ട് മനസ്സുമുണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു അല്ലെ മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു ശരീരമില്ല പക്ഷേ ഞാനുണ്ട് സുഷുപ്തി അവസ്ഥയിൽ ശരീരവും മനസ്സുമില്ല ബുദ്ധിയുമില്ല പക്ഷേ അപ്പോഴും ഞാനുണ്ട് അപ്പോഴും ഞാനുണ്ട് ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ ഉള്ളപ്പോഴും ഞാനുണ്ട് ശരീരം മനസ്സ് ബുദ്ധി ഇതൊന്നും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് അപ്പൊ ഈ ഞാൻ എന്നുള്ളത് വാസ്തവത്തിൽ എന്താണ് അത് ശരീരമല്ല അത് മനസ്സുമല്ല അത് ബുദ്ധിയുമല്ല ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആണ് പെണ്ണൊന്നുമല്ല രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ആണൂല്ല പെണ്ണുമില്ല മറ്റവൻ എന്നുള്ള വിചാരമേ ഇല്ല മനസ്സ് പൊന്തുമ്പോഴാണ് ഈ മറ്റവൻ എന്നുള്ള വിചാരമേ വരണതേ മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ പുരുഷ ഭേദമില്ല ഈശ്വര പൂജ ഇല്ല ഒന്നുമില്ല അവിടെ വ്യക്തിയെ ഇല്ല ഒരു ഇൻഡിവിജ്വൽ അവിടെ ഇല്ല സുഷുപ്തി അവസ്ഥയിൽ പക്ഷേ ഒരു ഇരുളിന്റെ ഒരു മറയുണ്ട് ഒരാവരണം ഉണ്ട് സുഷുപ്തിയിൽ സത്യം അതുകൊണ്ടാണ് പൂർണ്ണമായും പിടികിട്ടാത്തത് സുഖമായിരുന്നു എന്നെല്ലാവർക്കും തോന്നുന്നു ദുഃഖമൊന്നുമില്ല ആ ഒന്ന് ഉറക്കത്തിൽ വല്ലാത്ത ദുഃഖം തോന്നി ഇതുവരെ ആരും പറഞ്ഞിട്ടുള്ള എത്ര വലിയ ദുഃഖമുള്ള ദിവസമാണെങ്കിലും ഏറ്റവും വിഷമം പിടിച്ച ദിവസമാണെങ്കിലും സുഷുപ്തിയിൽ സുഖം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ഡോക്ടർ അദ്ദേഹം ഈ യുദ്ധത്തിൽ വ്രണപ്പെട്ടു കിടക്കുന്നവരെയൊക്കെ ചികിത്സിക്കാനുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പിൽക്കാലത്ത് തികഞ്ഞ ഒരു വേദാന്തിയായി മാറി അതിന് മൂല കാരണം എന്താന്ന് വെച്ചാൽ യുദ്ധഭൂമിയിൽ കയ്യും കാലുമൊക്കെ മുറിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ കിടക്കണു ചിലർക്ക് കയ്യൊക്കെ ഇങ്ങനെ തെറിച്ച് രക്തം അങ്ങനെ ഒലിച്ചു പോയിരിക്കാം സകല ശരീരം സകലമായ സ്ഥലത്തും വ്രണമായിട്ടും ശരീരത്തിൽ മുഴുവൻ വ്രണമായിട്ടും സുഖമായിട്ട് ഉറങ്ങാത്രേ ചിലച്ചിട്ട് ളർച്ച കാരണം അപ്പൊ ഈ ഡോക്ടർ ആദ്യമായിട്ട് തന്റെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു ഈ ശരീരം വാസ്തവത്തിൽ ഞാനാണെങ്കിൽ എനിക്കതിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിനൊരു വ്രണം വന്നാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും അപ്പൊ ഉറങ്ങുമ്പോ എന്ത് സംഭവിച്ചു ഈ ശരീരവുമായിട്ടുള്ള ബന്ധത്തിനെ വിച്ഛേദിച്ചു വിച്ഛേദിച്ചിട്ടാണല്ലോ ഉറക്കം അല്ലെങ്കിൽ ഈ വേദന ഉറക്കത്തിലും അറിയേണ്ടതാണല്ലോ ഉറക്കത്തിൽ പരമസുഖം കയ്യുകാലും മുറിഞ്ഞു കിടക്കുന്ന ആൾക്കും ഉറങ്ങിക്കഴിഞ്ഞപ്പോ പരമമായ സുഖം എങ്ങനെ കയ്യുകാലൊക്കെ നല്ല വണ്ണം ആരോഗ്യത്തോടെ ഉള്ളപ്പോ എങ്ങനെ ഉറങ്ങണമോ അതേപോലെ തന്നെ ഉറങ്ങണു അപ്പൊ ആ ഡോക്ടർ ആദ്യമായിട്ട് ഒന്ന് ചിന്തിച്ചു ശരിയാ ഈ ശരീരം മനുഷ്യന്റെ ഒരു ചട്ട മാത്രമാണ് അതെപ്പോ വേണമെങ്കിൽ അതിൽ നിന്ന് വിച്ഛേദിക്കാം വിട്ടുമാറാം അപ്പോ ശരീരം അല്ലാതെ ഒരു വസ്തു ഉണ്ടോ അവർക്കത് പുതിയതാണേ യൂറോപ്യനാണ് അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഒരു തികഞ്ഞ വേദാന്തിയായി മാറി ഈ സുഷുപ്തി അവസ്ഥയിൽ നമുക്കൊരു ഒരു ഗ്ലിംസ് ഒരു എത്തിനോട്ടം നമ്മളുടെ സ്വരൂപത്തിലേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ജാഗ്രത അവസ്ഥയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സുഖിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പായസം ചാപ്പടണം അല്ലെങ്കിൽ ടി കാണണം പാട്ട് കേൾക്കണം എന്തെങ്കിലുമൊക്കെ വേണം പക്ഷേ ഈ സുഷുപ്തിയിൽ നാക്കുകൊണ്ടൊന്നും രുചിച്ചില്ല ഒന്നും കണ്ടില്ല ഒന്നും തൊട്ടില്ല എന്നിട്ടും സുഖം മനസ്സുകൊണ്ടുള്ള സുഖമല്ല ബാക്കിയൊക്കെ മാനസിക സുഖമാണ് സുഷുയിൽ അനുഭവിച്ചത് മാനസിക സുഖമല്ല മനസ്സ് ലയിച്ചപ്പോ തൽക്കാലത്തേക്കൊന്നും ഇല്ലാതായപ്പോ സുഖം അത് വാസ്തവത്തിൽ ഉള്ള സുഖം നമ്മളുടെ സ്വരൂപമായ സുഖം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദിവസവും അനുഭവിക്കണു നാച്ചുറലായിട്ടുള്ള സുഖം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സുഖമല്ല നാച്ചുറൽ ആയിട്ടുള്ള സുഖം എത്ര വിഷമം പിടിച്ചാലും അത് ഉറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു മനസ്സങ്ങോട് ലയിച്ചാൽ കഴിഞ്ഞു പക്ഷെ പിന്നെയും രാവിലെ എഴുന്നേക്കുമ്പോ പൊന്തി വരണൂ മനസ്സ് അനേഹ പ്രശ്നങ്ങളോടുകൂടി മാത്രമല്ല സുഷുപ്തിയിലെ ദേശകാലങ്ങളില്ല എവിടെ കിടക്കണമെന്നില്ല ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റോട്ടിൽ കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണ വരും റൂമിൽ കിടന്നിട്ടും ആളുകൾക്ക് ഉറക്കം വരണില്ല റോട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങണു അവർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ നടുറോഡാണോ എന്നോ മുറിയുടെ അകത്താണോ ഒരു വ്യത്യാസമില്ല ഉറക്കം ഒരുപോലെ അതുപോലെ എത്ര സമയമായി എന്നും അറിയണില്ല ഇപ്പൊ പ്രഭാഷണം ഒന്നര മണിക്കൂർ കുറച്ച് കൂടിപ്പോയാൽ അപ്പൊ വാച്ച് നോക്കാൻ തുടങ്ങും പക്ഷെ ഉറക്കത്തിൽ മാത്രം ആർക്കും ബോറടിക്കുന്നതേ ഇല്ല അതെന്താ കാരണം പത്ത് മണിക്കൂർ ഉറങ്ങിയാലും എത്ര നേരം ഉറങ്ങിയാലും ബോറടിക്കണില്ല എന്താന്ന് വെച്ചാൽ ടൈമേ അറിയണില്ല ടൈമേ ഇല്ല ഇപ്പോഴല്ലേ കിടന്നത് അപ്പോഴേക്ക് നേരം വിളിച്ചതായല്ലോ എന്ന് ടൈമേ ഇല്ല ടൈമും ഇല്ല അവിടെ സ്പേസും ഇല്ല കാര്യകാരണ ബന്ധമില്ല വ്യക്തിത്വമില്ല നമുക്ക് ഈശ്വരനായിട്ട് നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു സുഷുപ്തി ആചാര്യസ്വാമികൾ ഒരിടത്തു പറയുന്നു പ്രപഞ്ചത്തിനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് കാണിച്ചു ഭഗവാൻ നമ്മൾക്ക് സ്വപ്നം തന്നു നമ്മളുടെ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു നമുക്ക് സുഷുപ്തി അവസ്ഥയും ഇത് രണ്ടവസ്ഥയും വെച്ചുകൊണ്ട് നമുക്ക് രണ്ടും സ്വരൂപത്തിനെയും സ്വഭാവത്തിനെയും മനസ്സിലാക്കാം ഒരാളുടെ സ്വഭാവം പ്രകൃതി എന്താണെന്ന് ചിലപ്പോൾ പുറമേക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ മഹാ ഡീസന്റായിട്ട് നടക്കും പക്ഷേ അവരവർക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരവരെ അവരവരുടെ സ്വപ്നം കണ്ടാൽ മതി സ്വപ്നത്തിൽ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ വാസന ഉണ്ടോ സകലതും പൊന്തി വരും സ്വപ്നത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ലാതെ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ വിചാരങ്ങളും വാസനകളും വികാരങ്ങളും ഉണ്ടോ ഒക്കെ പൊന്തി വരും നമ്മളുടെ സ്വഭാവമാണ് നമ്മളുടെ പ്രകൃതിയാണ് പൊന്തി വരുന്നത് സുഷുപ്തിയിലോ നമ്മളുടെ സ്വരൂപം എന്നുവെച്ചാൽ സ്വരൂപത്തിനെ ഒന്ന് ദൂരത്തുനിന്ന് കാണിച്ചു തരണൂ അത്ര അറിഞ്ഞാൽ മതി വാസന ഉള്ളതുകൊണ്ട് പൂർണ്ണമല്ല അപ്പോ സുഷുപ്തിയിൽ സ്വരൂപം സ്വപ്നത്തിൽ സ്വഭാവം സ്വപ്നം പോലെ തന്നെ ഈ ജാഗ്രത ഒട്ടും സംശയിക്കേണ്ട ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം ഒരു ദീർഘസ്വപ്നം ഇന്നലെ വരെ ഞങ്ങളോട് വളരെ അടുത്തിരുന്ന് ഒരാള് ഇപ്പൊ മരിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യവും അന്തവും ഒന്നും കാണാനില്ല പോയി സ്വപ്നമല്ലേ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവും ചിത്രത്തിൽ മാത്രം ഒരു ഫോട്ടോ ഉള്ളില് വീഡിയോവോ ടി വിയിലോ ഫോട്ടോ പിടിച്ചു വയ്ക്കണൊക്കെ പോലെ നമ്മളുടെ ഉള്ളിൽ ഒരു വിചാരം മാത്രം അപ്പോ അതിനും നമ്മൾ രാത്രി കാണുന്ന സ്വപ്നത്തിനും എന്താ വ്യത്യാസം രാത്രി കാണുന്ന സ്വപ്നം കുറച്ച് നേരം നിൽക്കണു ഇത് കുറച്ചുകൂടെ നീണ്ടു നിൽക്കണു അത്രയുള്ളൂ ദീർഘസ്വപ്നമിമം വിധി വശിഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് പറയണു രാമ ഇത് ദീർഘസ്വപ്നം കുറച്ച് ദീർഘ ഈ ദൈർഘ്യം എന്ന് പറയണതും വെറുതെയാണേ കാരണം ടൈം തന്നെ ഒരു കോൺസെപ്റ്റ് വാസ്തവമല്ല അപ്പൊ ദീർഘമായ സ്വപ്നം എന്ന് പറയണം ഈ ജാഗ്രത എന്ന് പറയണതും ഒരു സ്വപ്നം എത്രയോ ആളുകൾ ഇപ്പോൾ ഉള്ള പോലെ തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല ഏത് ആദിയിലും ഇല്ലയോ അന്തത്തിലുമില്ലയോ നടുവിൽ മാത്രം കാണപ്പെടുന്നുവോ അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഇതാണ് അതിന്റെ ഡെഫിനേഷൻ ഇത് ആദിയിലും അന്തത്തിലും ഇല്ലയോ നടുവിൽ മാത്രം കുറച്ചു നേരം കാണപ്പെടുന്നു അത് വാസ്തവത്തിൽ ഇല്ലാത്ത വസ്തുവാണ് നമ്മളിപ്പോ സിനിമ കാണാൻ പോണൂ സിനിമയിൽ എന്ത് ദുഃഖം നടന്നാലും നമ്മള് ചിലരൊക്കെ കരയും പക്ഷെ കരഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസവും പോവും ചിലർക്ക് കരയാനിഷ്ടമാണ് അതുകൊണ്ടാണ് ചിലർ സിനിമയൊക്കെ കാണാൻ പോയിട്ട് കരയുന്ന സിനിമയായിട്ട് അവിടെ പോവും ഒരു ടബലും കൊണ്ട് പഴയ മലയാളം സിനിമയൊക്കെ എല്ലാം കരച്ചിലാണ് കരയാൻ വേണ്ടി പോവും പോയിട്ട് കരഞ്ഞിട്ട് അടുത്ത ദിവസവും പോവും എന്താന്ന് വെച്ചാൽ അത് വാസ്തവമല്ല എന്നറിയാം എന്തുകൊണ്ട് വാസ്തവമല്ല എന്നറിയണോ നമ്മൾ പോണതിന് മുമ്പ് ഇല്ല നമ്മൾ പോയിട്ട് ഒരു ബെല്ലടിച്ചാൽ തുടങ്ങണോ പിന്നെ ഒരു ബെല്ലടിച്ചാൽ നിന്നു പിന്നെ വരാം ഇതേപോലെ നമ്മളുടെ ജീവിതവും ഒരായിരം വർഷം ആയുസ്സുള്ള ഒരാളുണ്ടോന്ന് വെച്ചോളൂ അയാളുടെ മുമ്പിൽ നമ്മളുടെ ജീവിതമൊക്കെ ഒരു സിനിമ തന്നെ ഒരു രണ്ട് ഒരു നൂറ് വർഷം നോക്കെ എൺപത് വർഷം എഴുപത് വർഷം അറുപത് വർഷം എന്നൊക്കെ പറയണത് ഇങ്ങനെ വന്നിട്ട് പോണം വെറും ഒരു മാജിക് ഷോ വാസ്തവത്തിൽ ഇല്ല ഈ ശരീരം അനന്തമായ ബോധത്തിൽ പൊന്തി നിന്ന് അസ്തമിക്കുന്നു നമ്മളുടെ ശരീരമല്ല എല്ലാവരുടെ ശരീരവും നമ്മളുടെ ശരീരം ഒന്നും ഇതൊരു നീണ്ട കിനാവ് അപ്പോ ഇതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുത്തത് ആ വലിയ സ്വപ്നത്തിന്റെ ഒരു ചെറിയ ഫോമാണ് അവിടെ കാണിച്ചു കൊടുത്തത് അർജുനന് അനേക കാര്യങ്ങൾ ഉണ്ടായതും നടന്നതും അസ്തമിച്ചതും നമ്മളുടെ ഒക്കെ ജീവിതം ഇപ്പൊ എങ്ങനെ അസ്തമിക്കും ആലോചിച്ച് നോക്കിയാൽ കാണാം എത്ര വേഗം പോയി കഴിഞ്ഞു വന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ ഓരോ ചിത്തവൃത്തികളായിട്ട് തെക്കും നമ്മളുടെ ശരീരം പക്ഷേ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഈ ശരീരം ഞാനാണെന്ന് കരുതിയാൽ ഇതാണ് അതിൻ്റെ അവസാനം ശരീരം മാത്രമാണ് ഞാൻ എന്ന് കരുതിയാൽ അത് ഇവിടെ അസ്തമിച്ചു പോകും വാസ്തവത്തിൽ ശരീരം ഇല്ല ശരീരം മിഥ്യ വേദാന്തികൾ മിഥ്യ എന്ന് പറയാൻ കാരണം തൽക്കാലത്തേക്ക് ഉണ്ടെന്ന് തോന്നപ്പെടുന്നത് തൽക്കാലത്തേക്ക് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നത് പ്രവാഹമാണ് ആ പ്രവാഹത്തിൽ ഉണ്ടെന്ന് അനുഭവപ്പെടുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തത് നമ്മളുടെ ശരീരം എത്ര മാറിക്കഴിഞ്ഞിരിക്കും എന്ന് അറിയോ ജനിച്ച ദിവസം മുതൽ ആലോചിച്ചു നോക്കിയാൽ ഒരു ഏഴ് വർഷം കഴിയുമ്പോ ആ ശരീരത്തിലുണ്ടായിരുന്ന സകല കോശങ്ങളും മാറിയിട്ടുണ്ടാവും ഇനി ഒരു ഏഴ് വർഷം കഴിയുമ്പോഴേക്കും ആ ശരീരത്തിലുള്ള കോശങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ ഏഴാമത്തെ വയസ്സാവുമ്പോഴേക്കും ആൾ മാറി ശരീരമാണ് ആളെങ്കിൽ ആ ശരീരമേ മാറിക്കഴിഞ്ഞു അപ്പൊ അനേക ശരീരങ്ങൾ ഒരു എൺപത് വയസ്സ് ജീവിക്കുമ്പോഴേക്കും ഒരുപാട് ശരീരം വന്നിട്ട് പോകും അനേക ശരീരങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കണം അപ്പൊ ശരീരം ഞാനാണെങ്കിൽ ഞാനും ആളു മാറേണ്ടതാണ് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ ഏഴ് വയസ്സിന് മുമ്പ് കടം വാങ്ങിയ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കണ്ട കടം വാങ്ങിയ ആളിപ്പോയില്ല ആള് പോയി അപ്പൊ ഈ ശരീരം ഞാനല്ല പിന്നെ മനസ്സോ മനസ്സും ഞാനല്ല ഇതൊരായിരം വട്ടം പറഞ്ഞാലും പോരാ ഈ മനസ്സും ഞാനല്ല ഇതറിഞ്ഞാലേ ശരീരത്തിനെ ആരെങ്കിലും ഒക്കെ നിന്ദിക്കട്ടെ ചീത്ത വിളിക്കട്ടെ ഭഗവാൻ രമണ മഹർഷിയോട് ചോദിച്ചു നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം മഹർഷി പറഞ്ഞു അവരുടെ കൂടെ ചേർന്ന് നീയും ചീത്ത വിളിക്കുകയാണ് കാരണം അവർ വലിയ ഉപകാരമാണ് ചെയ്തു തരുന്നത് ഈ ശരീരം നീ അല്ല അതവര് ബോധിപ്പിക്കുകയാണ് അതിനൊന്നുകൂടെ ഉറപ്പിക്കാൻ അവരുടെ കൂടെ ചേർന്നിട്ട് നീ ഒന്ന് ചീത്ത വിളിച്ചോളൂ അപ്പൊ നന്നായി ഈ ശരീരത്തിനോടുള്ള പിടി പതുക്കെ വിട്ടുപോകണം ദേഹത്തിനോടുള്ള അഭിമാനം വിട്ടുപോവാൻ അതേ വഴിയുള്ളൂ അപ്പൊ ദേഹം കുളിക്കേണ്ടാവുന്നോ വസ്ത്രം കൊടുക്കേണ്ടാവുന്നോ ഒന്നുമല്ല അർത്ഥം ഒരു വാഹനത്തിന് വെക്കണ പോലെ വെച്ചാൽ മതി കാറിന് പെട്രോൾ ഒഴിച്ച് കാറ് തുടച്ച് വൃത്തിയാക്കി ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനർത്ഥം കാർ എപ്പോഴും ശാശ്വതമാണെന്ന് വിചാരിച്ച് കാറിന് എന്തെങ്കിലുമൊക്കെ വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കും അർത്ഥമില്ല അതുപോലെ ശരീരം ഒരു വാഹനം ഒരു യന്ത്രം അതിനെ അത്ര പ്രാമുഖ്യം കൊടുത്താൽ മതി ശരീരത്തിനകത്തൊരാളുണ്ട് അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം ഹാന്തം വിഭും ആത്മാനം മത്വാധീരോനശോചത്തി ഈ ശരീരത്തിനകത്ത് ശരീരവുമായിട്ട് സ്പർശമേൽക്കാതെ അനന്തമായ ആകാശത്തിന് ചിലപ്പോൾ കുമളയുടെ ഉള്ള കാണും സോപ്പ് കുമള എങ്ങനെ ആക്കിയിട്ട് ഊതിവിട്ടാൽ ആ കുമളയുടെ ഉള്ളിൽ അനന്തമായ ആകാശം കാണും അതുപോലെ ഈ കൊച്ചു ശരീരത്തിൻ്റെ ഉള്ളിൽ അനന്തമായ ഒരു വസ്തു കൂടിയിരിക്കുന്നു ഓരോ ക്ഷണത്തിലും നമ്മളുടെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് നടിക്കുന്നുമുണ്ട് ഓരോ ചിത്തവൃത്തികൾക്ക് നടുവിലും ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പില് അതറിയപ്പെടുന്നുമുണ്ട് ഉറക്കം വിട്ട് ഉണരുമ്പോഴും ഉണർവിൽ നിന്ന് ഉറങ്ങുമ്പോഴും ഒക്കെ ഒരു ഗ്യാപ്പില് ഈ വസ്തു അല്പമൊന്ന് പ്രകാശിക്കുന്നുണ്ട് അത് തന്നെയാണ് ഹൃദയത്തിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്തുകൊണ്ടിരിക്കണം അത് തന്നെ ഈശ്വര സ്വരൂപം ആചാര്യസ്വാമികൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് വ്യക്തമായിട്ട് ഒരു ശ്ലോകത്തിൽ പറയുന്നു ബാലയാതിഷപ്പി ജാഗ്രതാതിഷു തധാ സർവാസു അവസ്വ്യാവൃത്തസു അനുവർത്തമാനം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതം യോ ഭദ്രയാദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമ ഇതം ശ്രീദക്ഷിണാമൂർത്തയേ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അതാണ് ബാല്യാദിഷു എന്ന് പറഞ്ഞത് പലർക്ക് ഈ ശ്ലോകം അറിയാം പക്ഷെ അർത്ഥം വളരെ ഗഹനം ഒന്ന് തെളിഞ്ഞാൽ വളരെ സിമ്പിൾ ബാല്യാദിഷു എന്ന് വെച്ചാൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതൊക്കെ ശരീരത്തിന് അവസ്ഥകൾ മാറി വരുന്നു ജാഗ്രതാദിഷു എന്ന് വെച്ചാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകൾ തഥാ സർവാസു അവസ്ഥാസു അതുപോലെ അനേകം അവസ്ഥകൾ മാറി മാറി വരുന്നുള്ളൂ വികാരങ്ങൾ മാറി മാറി വരുന്നു മാറുന്നതൊക്കെ വികാരം ഇതിലൊക്കെ മാറാതെ ഒരാൾ നിക്കുന്നു അഹം ഇതി അന്തസ്ഫുരന്തം ഞാൻ ഞാൻ എന്നുള്ളിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി എന്താ അത്ഭുതം അത് ഈശ്വരനാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് ദക്ഷിണാമൂർത്തി സാക്ഷാത് ദക്ഷിണാമൂർത്തി പുറത്തൊന്നും അന്വേഷിക്കേണ്ട ശിവൻ ശിവൻ ചിദംബരത്തില് ഇടതുകാലു തൂക്കി നിന്ന് നർത്തനം ചെയ്യുന്നത് ഒരു വെറു ഒരു സിമ്പൽ യഥാർത്ഥത്തിലുള്ള ശിവന്റെ നടനം ശിവന്റെ നർത്തനം ഹൃദയസ്ഥാനത്തില് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവ മണ്ഡലത്തില് ഞാൻ ഞാൻ ഞാൻ എന്ന ഓരോ ക്ഷണവും ശിവൻ നർത്തനം ചെയ്യണം ശിവൻ എടുത്തോളൂ വിഷ്ണു എന്ത് വേണമെങ്കിൽ അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ ഒരു പടി മാത്രമാണ് ഭഗവാന്റെ കഥകളൊക്കെ ഭഗവാനെ തന്നിൽ താനായി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യത്തെ പടി ഒരു വിഗ്രഹം പിന്നെ കഥ പിന്നെ പതുക്കെ ആത്മനഹ അവ്യതിരേക്ക് എണാണ് നാരദ ഭഗവാൻ അങ്ങനെ പറയുന്നു ആദ്യം അർച്ചനാമൂർത്തിയിൽ ഭക്തി പിന്നെ പതുക്കെ കഥകൾ കേട്ടു പരീക്ഷിത് മഹാരാജാവ് പത്താമത്തെ സ്കന്ധത്തിൽ കൃഷ്ണകഥ പറയൂ എന്ന് പറഞ്ഞു ശുഖബ്രഹ്മ മഹർഷിയോട് ഭാഗവതത്തിൽ പറഞ്ഞു എനിക്ക് കൃഷ്ണകഥ പറയൂ ഇത്ര ദിവസം എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞുവല്ലോ അപ്പൊ പരീക്ഷിത്ത് പരീക്ഷത്തിനോട് ശുഖാചാര്യര് ചോദിച്ചു പരീക്ഷിത്തെ തനിക്ക് കൃഷ്ണൻ ആരാന്നറിയോ പരീക്ഷിത് പറഞ്ഞു പിന്നെ എന്താ അറിയാതെ ദ്രൗ എന്റെ മുത്തശ്ശന്മാരുണ്ടല്ലോ പിതാമഹാമേ സമരേ അമരഞ്ജയൈ ദേവവ്രതാദ്യ അതിരഥൈഹി തിമിംഗലൈ കൃത്വാതരൻ വത്സപദം സ്മയത്പ്ലവാഹ അവിടെ പരീക്ഷിച്ച് പറയണത് എന്റെ മുത്തശ്ശന്മാര് അതായത് പഞ്ചപാണ്ഡവര് അർജുനനും യുധിഷ്ഠിരനും ഒക്കെ ഏത് ഭഗവാനെ സഹായം പിടിച്ചുകൊണ്ടാണോ കൗരവ സൈന്യമാകുന്ന സമുദ്രത്തിനെ കടന്നത് അതിൽ തിമിംഗലങ്ങളൊക്കെ ഉണ്ട് ഭീഷ്മര് ദ്രോണര് മുതലായ തിമിംഗലങ്ങൾ അങ്ങനെയുള്ള തിമിംഗലങ്ങളുള്ള ആ സമുദ്രത്തിനെ ഏതൊരു ഭഗവാന്റെ സഹായത്തോടുകൂടെ കടന്നു ആ ഭഗവാനാണ് കൃഷ്ണൻ പറയൂ അപ്പോഴേ ശുഖാചാര്യർക്ക് തൃപ്തിയായില്ലേ ഒരു ഇൻഡയറക്ട് നോളേജ് കൃഷ്ണനെക്കുറിച്ച് ഒരു പരോക്ഷജ്ഞാനം കൃഷ്ണൻ എന്ന് വെച്ചാൽ എന്റെ മുത്തശ്ശന്മാരെ അനുഗ്രഹിച്ച ഒരു ദൈവം അപ്പോ അത്രയേ ഉള്ളൂ പരീക്ഷത്തിന് നേരിട്ട് ഒരു പരിചയമില്ലേ കൃഷ്ണനെ എന്ന് വെച്ചാൽ പിന്നെ ആദ്യമായിട്ട് കണ്ടത് കൃഷ്ണനെയല്ലേ അശ്വത്ഥാമാവ് പാണ്ഡവർ മുഴുവൻ നശിച്ചു പോകട്ടെ ബീജം പോലും അവശേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം എറിഞ്ഞു ആ ബ്രഹ്മാസ്ത്രം നേരെ ചെന്നിട്ട് അവശേഷിക്കുന്ന ഒരേ ഒരു ബീജം പരീക്ഷിത്താണ് അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ ഗർഭത്തിൽ പോയിട്ട് ഈ ബ്രഹ്മാസ്ത്രം ചുട്ടെരിക്കാനായിട്ട് വരണം അതിൻ്റെ ചൂടുകൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തര ഓടി ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വീഴും പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ ം ത്വഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാം ഈശശരസ്തപ്തായ സോ വിഭോ കാമഹതു മാം നാഥ മാമേ ഗർഭോ നിപത്യതാം ഹേ മഹായോഗിൻ ഉത്തര അങ്ങനെ തന്നെ ഭഗവാനെ വിളിച്ചു എന്താന്ന് വെച്ചാൽ ദ്രൗപതിയുടെ പരിചയമാണ് ദ്രൗപതി ആദ്യം കൃഷ്ണകൃഷ്ണ ദ്വാരകാവാസി എന്നൊക്കെ വിളിച്ചപ്പോഴൊന്നും ഭഗവാൻ വന്നില്ല എപ്പോഴാണോ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന എന്ന് വിളിച്ചത് അപ്പോഴാണ് ഭഗവാൻ പ്രകാശിച്ചത് അതുകൊണ്ട് ഉത്തര ആദ്യമേ പരീക്ഷിക്കാനൊന്നും നിന്നില്ല ഓടിച്ചെന്ന് ഭഗവാനെ മഹായോഗി എന്ന് വിളിച്ചുകൊണ്ട് നമസ്കരിച്ചു അപ്പൊ ഭഗവാന്റെ അടുത്ത് എന്തിനപ്പൊ ഭഗവാന്റെ മുമ്പ് തന്നെ വീണത് ഇവിടെ യുധിഷ്ഠൻ അർജുനനൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എത്ര മൃത്യുഹൂ പരസ്പരം ഇവർക്കൊക്കെ മൃത്യുവുണ്ട് അതുകൊണ്ട് മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഈ കുട്ടിയെ രക്ഷിച്ച് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ദർശനം കൊടുത്തിട്ടുണ്ട് ഗർഭത്തിൽ കിടക്കുന്ന ആ കൊച്ചുകുട്ടി അവിടെ വെച്ച് തന്നെ കൃഷ്ണനെ കണ്ടിട്ടുണ്ട് അപ്പൊ അന്നു മുതൽ പരീക്ഷിത്തെന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഗർഭത്തിൽ വെച്ച് കൃഷ്ണ ദർശനം ഏർപ്പെട്ടിട്ട് മുതൽ വരുന്നവരെ ഉറ്റുറ്റുറ്റും നോക്കൂ ഇതാണോ ഞാൻ കണ്ട ആള് ഇതാണോ ഞാൻ കണ്ട ആള് അങ്ങനെ പരീക്ഷിച്ചതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്ന് പേര് വന്നത് അപ്പോ നേരിട്ടുള്ള പരിചയമുണ്ട് അപ്പൊ പരീക്ഷത്ത് പറഞ്ഞു പിന്നെ എനിക്ക് അറിയില്ലേ ശുഖാചാര്യരുടെ കൃഷ്ണകഥ പറയൂ എന്ന് പറഞ്ഞപ്പോ കൃഷ്ണനെ അറിയോ എന്ന് ചോദിച്ചപ്പോ രണ്ടാമത് പരീക്ഷത്ത് പറയണത് ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മതംഗം സന്താന ബീജം ജുഗോപകുക്ഷിംഗത ആത്തചക്രാം മാതുശമേയ ശരണം ഗതാ അമ്മ ചേർന്ന് ശരണാഗതി ചെയ്തു ശരണം ഗതായാഹ അമ്മ ശരണാഗതി ചെയ്തതുകൊണ്ട് കുട്ടിക്ക് ഭാഗവതം കേൾക്കാൻ പറ്റിയും അത്ര എളുപ്പത്തിലൊന്നും ഭാഗവതം കേൾക്കാൻ പറ്റില്ല അമ്മ ശരണാഗതി ചെയ്തിട്ടുണ്ടാവണം എന്നാലേ മകന് ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ മാതുശമേയ ശരണം ഗതായാഹ ആ അമ്മ ഭഗവാന് ശരണാഗതി ചെയ്തതുകൊണ്ട് ഭഗവാന്റെ ദർശനം ഗർഭത്തിൽ വെച്ച് കിട്ടിയും അപ്പോലും സുഖബ്രഹ്മ മഹർഷിക്ക് തൃപ്തിയായില്ല എന്താന്ന് വെച്ചാൽ ഏകദേശം നാല് ദിവസത്തോളം ഭാഗവതം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും കൃഷ്ണൻ എന്ന് പറയണത് ആ മൂർത്തി മാത്രമാണെന്നും കൃഷ്ണൻ എന്നെ രക്ഷിച്ചതുകൊണ്ട് കൃഷ്ണൻ ഇതൊക്കെ സാധാരണ ഭക്തിയാണേ എല്ലാവർക്കും ഉള്ള പോലെ ഒരു ഭക്തി എന്റെ മുത്തശ്ശന്മാരെ അനുഗ്രഹിച്ചതുകൊണ്ട് ഭഗവാൻ ഞാൻ ഭജിക്കുന്നു എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഭഗവാനെ ഞാൻ ഭജിക്കണു എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാമാന്യ തലത്തിലേ ആയിട്ടുള്ളൂ മോശം എന്നല്ല പക്ഷെ പരീക്ഷത്തിൻ്റെ സ്ഥിതിക്ക് പോരാ അപ്പൊ ശുഭബ്രഹ്മ മഹർഷി ചോദിച്ചു പരീക്ഷിത ഇത്രയേ ആയുള്ളൂ കൃഷ്ണനെക്കുറിച്ചുള്ള അറിവ് അല്ല ഭഗവാൻ എനിക്ക് നല്ലവണ്ണം അറിയാം കൃഷ്ണൻ ആരാ വീര്യാണി തസ്യഖിലേഹഭാജം അന്തർബിപൂരുഷകാലൂപൈ പ്രയച്ഛതോ മൃത്യു ഉതാമൃതം ചായമനുഷ്യ വധസ്വവിദ്വം ഭഗവാന് പരമാത്മാവിന് രണ്ടു ഭാവം പരീക്ഷിത്ത് പറയണത് ആ ഭഗവാന്റെ സ്വരൂപം ഞാൻ വർണ്ണിക്കാം രണ്ടു ഭാവം എന്താ രണ്ടു ഭാവം എന്ന് വെച്ചാൽ ഒന്ന് പുറമേക്ക് പ്രപഞ്ചരൂപത്തില് പ്രപഞ്ചരൂപത്തിലുള്ളത് കാലരൂപം കാലരൂപൈഹി അതിലാണല്ലോ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാലരൂപത്തില് ഭഗവാനെ ശരിക്കറിയാൻ പറ്റില്ല മാത്രമല്ല കാലരൂപമായിട്ടുള്ള ഭഗവാന്റെ ശരീരത്തില് രമിച്ചാൽ പ്രയക്ഷതവും മൃത്യും മൃത്യുവിന് മേലെ മൃത്യു തന്നുകൊണ്ടേയിരിക്കും പുറമേക്ക് പോയാൽ കാലം ടൈം മനസ്സ് അകമേക്ക് തിരിഞ്ഞാൽ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അമൃതം അമൃതം മരണമില്ലാത്തത് മരണമില്ലാത്ത സ്വരൂപം ആത്മസ്വരൂപം പുരുഷ കാലരൂപൈഹി പുറമേക്ക് കാലരൂപം അകമേക്ക് പുരുഷരൂപം ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അമൃതം പുറമേക്ക് തിരിഞ്ഞാൽ മൃത്യു അപ്പൊ പരീക്ഷിച്ച് തന്നെ ഇവിടെ രണ്ടു രൂപവും പറഞ്ഞു ഇപ്പോ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത് കാലരൂപം പക്ഷെ കാലരൂപത്തിനെ കണ്ട് മനസ്സ് എന്ത് വേണം അകമേക്ക് തിരിയണം കാലരൂപത്തിനെ കണ്ടാൽ കാലത്തിൽ രമിക്കും തോറും ദ്വൈതമാണേ ഇപ്പൊ അർജുനന് കാണിച്ചു കൊടുത്തതൊന്നും ആത്മജ്ഞാനമോ ആത്മസാക്ഷാത്കാരമോ അല്ല ഭയങ്കരമായ ദർശനം ആ ഭയങ്കരമായ ദർശനം ഭഗവാൻ കാണിച്ചു കൊടുത്തതിന് കാരണം മനസ്സ് അകമേക്ക് തിരിയണം അതിനാണ് അല്ലെങ്കിൽ ഈ പുറമേക്ക് രമിച്ചുകൊണ്ടേയിരിക്കും മനസ്സ് അകമേക്ക് തിരിയണമെങ്കിൽ ഇവിടെ ദുഃഖമുണ്ട് ലോകത്തിൽ ഭയങ്കരമായ ഭാവങ്ങളുണ്ടെന്ന് കാണുമ്പോഴേ മനസ്സുള്ളിലേക്ക് തിരിയുള്ളൂ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാവുമ്പോ ആ ദുഃഖത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചൊള്ളണം അതുകൊണ്ടാണ് കുന്തി ദേവി പറഞ്ഞത് ഭഗവാനെ എനിക്ക് ദുഃഖത്തിന് ദുഃഖം തൊരു എന്നാണ് ദുഃഖം തന്നാൽ മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് പോവും സുഖം തരുമ്പോ ഭഗവാനെ വിട്ട് അകന്നു പോകും ഭാഗവതത്തിന്റെ സിദ്ധാന്തം അങ്ങനെയാണ് ആരെ ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന് ആശിക്കണോ അവർക്ക് ദുഃഖത്തിന് മേലെ ദുഃഖം കൊടുത്തുകൊണ്ടേയിരിക്കും എപ്പോഴാണോ ദുഃഖം വരുന്നത് അപ്പോ ലോകം അനിത്യമാണ് അസുഖമാണ് എന്ന് മനസ്സിലായിട്ട് ശാശ്വതമായ വസ്തുവിനെ മനസ്സ് തെരയും അതിനെ നേരെ തിരിയും നേരെ മറിച്ച് ഇവിടെ സുഖം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആരെ അന്വേഷിക്കും ഭഗവാനെ ആർക്ക് വേണം അല്പമെങ്കിലും സുഖം കിട്ടണിടത്തോളം മനസ്സ് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് തിരിയില്ല ഇവിടെ ദുഃഖമുണ്ട് എന്നറിയുമ്പോൾ ഉള്ളിലേക്ക് തിരിയും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ കഥകളൊക്കെ എത്ര വേണമെങ്കിൽ പറയാം ഭഗവാൻ രമണ മഹർഷിയോട് ഒരു ഭക്തൻ ഒരു ചോദ്യം ചോദിച്ചു മനസ്സിനെ എങ്ങനെ ശമിപ്പിക്കാം അടക്കാം മഹർഷി ഗീതയിൽത്തെ ശ്ലോകം ചൊല്ലി എതോ എതോ നിശ്ചരത്തി മനശ്ചഞ്ചലം അസ്ഥിരം തതസ്ഥതോനിയമ്യേ തത് വശം നെയ്ത് മനസ്സ് എപ്പോഴൊക്കെ പുറമേക്ക് ഓടി ഓടി പോകുന്നു അപ്പോഴൊക്കെ അതിനെ പിടിച്ചുകൊണ്ടുവരിക എന്നിട്ട് ഉള്ളിൽ പിടിച്ച് നിർത്താം സ്വരൂപത്തിൽ നിർത്താം അതിനൊരു ചെറിയൊരു ഉദാഹരണവും പറഞ്ഞു കൊടുത്തു പശുവിനെ വളർത്തുമ്പോ രാവിലെ എണീറ്റ് പശുവിനെ അഴിച്ചു വിട്ടാൽ അത് കണ്ടവരുടെ തൊടിയിലൊക്കെ പോയി തിന്നും ഈ പശുവിനെ വളർത്തുന്നവർക്ക് ദിവസവും ഇതൊരു പണിയാണ് വൈകുന്നേരമായ പശുവിനെ അന്വേഷിച്ച് നടക്കണം എവിടെ നിന്നെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ട് വരണം അപ്പൊ എന്ത് വേണം അതിനെ ദിവസം വലിച്ചുകൊണ്ട് വന്ന് തൊഴുത്തിൽ കെട്ടിയിട്ട് അവിടെ തിന്നാൻ കൊടുക്കണം കുറച്ചു കാലം ഇങ്ങനെ കെട്ടിയിട്ട് നിൽക്കണടത്ത് തന്നെ നല്ല തീറ്റ കിട്ടിയാൽ കുറെ കഴിയുമ്പോൾ പിന്നെ അലയില്ല ഈ അലയാനുള്ള സ്വഭാവം പോവും അതേപോലെ ഈ മനസ്സിന് നമ്മൾ ഉള്ളിൽ അതിന് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പുറമേക്ക് അത് വേണ്ടാത്ത ഭക്ഷണമൊക്കെ തിന്നും അപ്പൊ ആദ്യത്തെ പടി എന്താണ് മനസ്സിനെ പതുക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഭഗവത് രൂപത്തിലോ കഴിയുമെങ്കിൽ നേരെ ആത്മസ്വരൂപത്തിലോ കൊണ്ട് നിർത്താം ജവം ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഇനി മനസ്സ് അന്തർമുഖപ്പെടണം ഉള്ളിലേക്ക് തിരിയണം അപ്പോഴേ ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ പുറമേക്ക് ഇതുവരെ ആരും ഈശ്വരനെ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്താനൊട്ട് സാധ്യവുമല്ല അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ അല്പം സ്വൽപ്പമൊക്കെ തോന്നും പക്ഷെ തോന്നിയാലും അത് ഉള്ളിലാണ് തോന്നണത് പുറത്തല്ല അത് കുറച്ചു നിന്നിട്ട് പോകും അപ്പോ ഈ ഒരു ചോദ്യം മഹർഷി ഈ ഉത്തരം പറഞ്ഞു ഇയാളെ പോയി ഇയാൾക്ക് പോയപ്പോ പിന്നെയും ഒരു സംശയം കുറേ ദിവസം ധ്യാനവും ഒക്കെ പരിശീലിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടണ്ട അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഈ മനസ്സ് എന്തിനും പിന്നെയും പിന്നെയും എനിക്ക് ആശ ഈ മനസ്സ് നേരെ ഉള്ളിൽ വന്ന് ആത്മാവിനെ ധ്യാനിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല പുറമേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ ഈ മനസ്സ് സ്വയമേവ ഉള്ളിൽ വന്ന് ഇരുന്നൂടെ അലയാതെ നേരെ ഹൃദയത്തിൽ വന്ന് ഇരുന്നൂടെ അതെന്തുകൊണ്ട് ഇരിക്കണില്ല എന്നൊരു ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായി ചോദ്യവുമായി മഹർഷിയുടെ അടുത്ത് പോയി അവിടെ പോയപ്പോ മഹർഷി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കുറെ അണ്ണാനുണ്ട് അതിലൊരു അണ്ണാൻ പ്രസവിച്ചിരിക്കുന്നു ഈ അണ്ണാംകുട്ടികൾ ആ മുറി മുഴുവൻ ഇങ്ങനെ ഓടി ഓടി ഓടിയും നടക്കണം മഹർഷി ഇതിൽ ഒരു അണ്ണാംകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് ആ പെട്ടിയിലിട്ട് വേറെ ഒരു എണ്ണാംകുട്ടിയെ പിടിക്കാൻ പോയി അതിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇത് പെട്ടിന്ന് പുറത്ത് ചാടി മുറിയിൽ ഓടാൻ തുടങ്ങി അതിനെ കൊണ്ടുവന്ന് പെട്ടിയിലിട്ടു എന്നിട്ട് വേറെ ഈ എണ്ണാംകുഞ്ഞിനെയും പിടിച്ചുകൊണ്ടുവന്നു എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് പെട്ടിയിലിടുമ്പോഴേക്കും വേറെ ഒന്ന് ചാടി പുറത്തേക്ക് പോയി ഇങ്ങനെ ഈ മൂന്ന് നാലെണ്ണത്തിനെയും അവസാനം കുറേ നേരത്തെ പ്രയത്നം കൊണ്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് പെട്ടി അടച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് അപ്പോഴേക്കും തന്നെ ഏകദേശ രൂപം കിട്ടിക്കഴിഞ്ഞു ഓടുന്നതിനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടിയിലിടാം എന്നിട്ട് അയാളോട് പറഞ്ഞു പാവം ഈ അണ്ണാം കുഞ്ഞിന് പുറം ലോകത്തിൽ പൂച്ചയുണ്ട് എന്ന് അറിയില്ല പൂച്ച കടിക്കും എന്നറിയില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് ഇതെപ്പോ മനസ്സിലാവും കുറേയൊക്കെ പൂച്ചയെ കണ്ട് ചിലപ്പോ പൂച്ച കുറേയൊക്കെ കടിയും കടിച്ച ശേഷമേ മനസ്സിലാവുള്ളൂ പൂച്ച എന്ന് വെച്ചാൽ അവിടെ ദുഃഖം കുറെയൊക്കെ ദുഃഖം അനുഭവിച്ച ശേഷം നമുക്ക് മനസ്സിലാവുമോ ഉള്ളിലെ സ്വരൂപത്തിലാണ് ശാന്തി സുഖം അങ്ങനെ പുറമേ കലയണ മനസ്സ് കാലത്തിനെ കണ്ട് ഭയന്നിട്ട് ആത്മാവിനെ ശരണം പ്രാപിക്കും കാലത്തിനെ കണ്ട് ഭയക്കണം എന്നാണ് ഭാഗവതം ഒരിടത്ത് പറയുന്നു മൃത്യു മൃത്യു വ്യാളഭീതായൻ മൃത്യുവാകുന്ന പാമ്പിനെ കണ്ടു പേടിക്കണമെന്ന് എന്നിട്ട് ആത്മാവിനെ ചെന്ന് ശരണം പ്രാപിക്കും ആത്മാവിനെ കണ്ടെത്തിയാൽ തന്നെ കണ്ടെത്തിയാൽ പിന്നെ മരണവുമില്ല ജനനവുമില്ല ഇപ്പൊ വിഷയം വിട്ട് കുറച്ചു പോയി ആത്മാവിനെ കണ്ടെത്തൽ വെച്ചാൽ ഇവിടെ എന്താ ഇപ്പൊ കൃഷ്ണന്റെ സ്വരൂപം എന്ന് പറഞ്ഞല്ലോ ആത്മാവായ സ്വരൂപമാണ് യഥാർത്ഥ കൃഷ്ണൻ എന്ന് പറഞ്ഞു ഇവിടെ ആത്മാ എന്ന് വെച്ചാൽ എന്താ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ള വസ്തു ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത്ത് സ്വപ്നം കാണുന്ന അവസ്ഥ പിന്നെ സുഖമായിട്ട് ഉറങ്ങുന്ന അവസ്ഥ ഈ മൂന്ന് അവസ്ഥയിലും ആരുണ്ട് രാണ് ഈ മൂന്നിനെയും കാണുന്നത് ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണ് സുഖമായിട്ട് ഉറങ്ങുന്നത് സംശയമൊന്നുമില്ലല്ലോ മൂന്നാളൊന്നുമില്ലല്ലോ ഇവിടെ ഉണ്ടോ സുഖമായിട്ട് ഉറങ്ങുന്നതും സ്വപ്നം കാണുന്നതും ഉണർന്നിരിക്കുന്നതും മൂന്നും ഒരേ ആളാണ് പക്ഷെ ജാഗ്രത്തിലുള്ള ശരീരമോ സ്വപ്നത്തിലുള്ള വ്യക്തിത്വമോ സുഷുപ്തിയിലില്ല ഇൻഡിവിജ്വാലിറ്റി അതൊന്നുമില്ല സുഷുപ്തി പക്ഷെ സുഷുപ്തിയിൽ സത്തയുണ്ട് അസ്തിത്വമുണ്ട് സുഖമായി ഉറങ്ങുമ്പോഴും ഉണ്മ്മയുണ്ട് മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ ജീവത്വഭാവനമുണ്ട് അസ്തിത്വമുണ്ട് അതിൻ്റെ ഉണ്മ്മയായ സ്വരൂപം എന്താണ് എന്ന് കണ്ടെത്താം ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ ഇതിനെ ഗ്രഹിച്ചുകൊണ്ടേയിരുന്നാൽ മതി ഇതിനെക്കാളും വലിയൊരു ധ്യാനമില്ല കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഇതൊന്നു മതി പ്രപഞ്ചത്തിന്റെ പരമമായ രഹസ്യം കണ്ടെത്താൻ നമ്മളുടെ രഹസ്യം കണ്ടെത്താൻ പ്രപഞ്ചത്തിൻ്റെ എന്ന് പോലും പറയണില്ല നമ്മളുടെ രഹസ്യം കണ്ടെത്താൻ നമുക്ക് രക്ഷപ്പെടാൻ ഇതൊന്നു മാത്രം മതി ഇത് കഴിയില്ലെങ്കിൽ ഇങ്ങനെ മൂക്ക് പിടിക്കാൻ പറ്റണമെങ്കിൽ വളച്ചിട്ടൊക്കെ പിടിക്കുന്ന പോലെ ഇനിയിപ്പോൾ കുറെ രൂപത്തിലെയൊക്കെ ധ്യാനിച്ച് വട്ടത്തിരിഞ്ഞിട്ട് വന്നോളാം പക്ഷേ അവസാനം ഇവിടേക്ക് വരേണ്ടി വരും അവസാനം എത്ര എന്തൊക്കെ ധ്യാനവും ഭജനവും യോഗസാധനകളും തലകുത്തി നിൽക്കലും ഒക്കെ ചെയ്താലും രമണമഹർഷിതിന് പറയും ചുങ്കച്ചാവടി തപ്പാ അത് എന്ന് പറയും തമിഴിലൊരു ചൊല്ലുണ്ട് ചുങ്കച്ചാവടി എന്ന് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചൊരു കാളവണ്ടിയിൽ കുറേ സാധനങ്ങളെ കടത്താൻ ഇയാൾ ഏതെങ്കിലും ഷോർട്ട് കട്ട് റൂട്ട് എന്ന് പറഞ്ഞ് വേറെ റൂട്ടിലൂടെ ഒക്കെ പോയി അവസാനം വലഞ്ഞ് കാട്ടിലും ഗുണ്ടിലും മേട്ടിലും ഒക്കെ അലഞ്ഞിട്ട് അവസാനം വണ്ടിക്കാരൻ ഉറങ്ങിപ്പോയി അപ്പൊ ഈ കാളയ്ക്ക് ഒരു റൂട്ടേ അറിയുള്ളൂ നേരം വിളിച്ചാവുമ്പോൾ ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം അതുപോലെ രക്ഷപ്പെടാൻ പറ്റില്ല അവസാനം ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും ഈ ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ബാക്കി ഇതൊന്നു മാത്രമേ നമുക്ക് ഉറപ്പുള്ള കാര്യമുള്ളൂ ബാക്കി ഒന്നും ഉറപ്പില്ല ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട് ഈശ്വരൻ ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചാലും ഒരുമാതിരി ആരെങ്കിലുമൊക്കെ ഒന്ന് വാദിച്ചാൽ ചിലപ്പോ വിശ്വാസം ഒന്ന് അളകിപ്പോവും പക്ഷേ അവനവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും സംശയിക്കോ ഇത്ര സുവ്യക്തം ഇതിൽ കൂടുതലൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷനാണ് അതാണ് അത് തന്നെ പറയണത് ഒരുപാടൊന്നും പറയാൻ പാടില്ല ചുറ്റി വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം ഈ ഒന്നിലേക്ക് വന്ന ഇതാണ് സത്സംഗം എനിക്ക് പോലും അല്പം ചിലപ്പോൾ സംശയമൊക്കെ തോന്നും നമ്മളുടെ സത്സംഗത്തിലെ ആളുകൾക്ക് ഇതേ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള കുറെ ആളുകൾ അത് കഴിഞ്ഞു വന്നിട്ട് എൻ്റെ അടുത്ത് പറയും അത് മാത്രം പറഞ്ഞാൽ മതി അത് മാത്രം മതി ഇതാണ് വേണ്ടത് ഇതാണ് നമുക്ക് ധ്യാനം നമ്മളുടെ സ്വരൂപം എന്താണ് നമ്മുടെ വൈദ്യലിംഗ ശർമ്മമാശ ഒരു കഥ പറയും അതുപോലെയാണ് എൻ്റെ കാര്യം എന്ന് തോന്നും എനിക്കെപ്പോഴും ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കില്ല അവസാനം ഒരേ ഒരു മാത്രം പഠിച്ചുകൊണ്ട് പോയി അത്രേ തെങ്ങിനെക്കുറിച്ച് അപ്പൊ തെങ്ങിനെക്കുറിച്ച് വിചാരിച്ചു അപ്പൊ ചോദിച്ചത് പശുവിനെക്കുറിച്ചാണ് അപ്പൊ എന്ത് ചെയ്യാം പശുവിനെ കുറിച്ച് തനിക്ക് അറിയണതൊക്കെ ആദ്യം എഴുതി പശു നാലു കാലുള്ള മൃഗമാണ് അതിന് കൊമ്പുണ്ട് അത് പാല് തരും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പശുവിനെ കുറിച്ച് അറിയില്ല പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് തെങ്ങിനെ കുറിച്ച് എഴുതിയ പിന്നെ അടുത്ത പരീക്ഷയ്ക്കെങ്കിലും തെങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന വിചാരിച്ചു ചോദിച്ചത് കോഴിയെക്കുറിച്ച് അപ്പൊ ഈ കോഴിയും തെങ്ങിനെയും എങ്ങനെ ബന്ധിപ്പിക്കണം എന്നേ അറിഞ്ഞില്ല എന്നാണ് കോഴി മുട്ട തരിടും കോഴി രാവിലെ കൂവും ഇത് രണ്ടേ അറിവു എന്നിട്ട് ആലോചിച്ചു എന്നിട്ട് നിവൃത്തിയില്ല തെങ്ങും ഒന്നേ അറിയുള്ളൂ അപ്പൊ കോഴിയെ നമ്മൾ തെങ്ങിൽ കെട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് ചുറ്റി വളഞ്ഞ് തെങ്ങിലേക്ക് വരണം അതുപോലെ എവിടെയൊക്കെ ചുറ്റിയാലും എന്തിനെയൊക്കെ പറഞ്ഞാലും വാസ്തവത്തിൽ നമ്മളുടെ ആചാര്യന്മാരൊക്കെ അതാണ് ചെയ്തിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഒരു കഥാപുസ്തകം ഏത് കഥ എടുത്തു നോക്കിക്കൊടു ഒരു കഥ പറയും ദേവന്മാരൊക്കെ അസുരന്മാരിൽ നിന്ന് ജയിക്കാനായിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയും എന്നിട്ട് ഈ ദേവന്മാർ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും ബ്രഹ്മോവാച എന്ന് പറയും ബ്രഹ്മാവ് പറഞ്ഞു ബ്രഹ്മാവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭഗവാനെ അങ്ങ് യാതൊരു വികാരമില്ലാത്ത ബോധവസ്തുവാണ് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സാക്ഷിയായിട്ടുള്ള ആത്മാവാണ് അങ്ങ് ഈ ശരീരത്തിലുള്ളതുകൊണ്ട് ശരീരം ചലിക്കണു മനസ്സ് ചലിക്കുന്നു വിശപ്പദാഹം മുതലായിട്ടുള്ളതൊക്കെ ഉണ്ടാവുന്നു ഒക്കെ ഇങ്ങനെയാണ് അവിക്രിയം സത്യം അനന്തമാദ്യം ഗുഹാശയം നിഷ്കലം അപ്രതർക്കം നമാമഹേ ദേവവരം വരെണ്യം ദേവന്മാരുടെ സ്തുതിയാണ് ഓരോ സ്തുതി ഒരു കഥ ഈ സ്തുതിപ്പിക്കും സ്തുതിച്ചിട്ട് ഈ ബ്രഹ്മതത്വം പറയും ഇതാണ് ഭാഗവതം മുഴുവൻ എന്തെങ്കിലും കഥ പറയും എന്നിട്ട് ആ കഥയുടെ പേരിൽ ഒരു സ്തുതി വരും സ്തുതിയിൽ നോക്കിയാൽ ശരീരം ശരീരത്തിനകത്തുള്ള ബോധവസ്തു അതിനെ കണ്ടെത്തണം ആത്മാവാണ് ഭഗവാൻ ആത്മാവാണ് ഭഗവാന്റെ സ്വരൂപം അതിന് ജനനമില്ല മരണമില്ല അത് അനന്തമായി ആകാശം പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തു അതിനെ സ്വരൂപമായി കണ്ടെത്തണം അപ്പൊ കണ്ടെത്താനുള്ള വഴിയാണ് നമ്മളിപ്പോൾ പറയണതേ ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥകളിലും സാക്ഷിയായിട്ടുള്ള വസ്തുവിനെ കണ്ടെത്താം മൂന്നവസ്ഥകളും ഏതൊന്നിൽ നടക്കുന്നുവോ അതിൽ മൂന്നിനെയും അനുഭവിക്കുന്ന അനുഭവിക്കുന്ന അനുഭവസ്വരൂപനാണ് ഞാൻ അനുഭവിയാണ് ഞാൻ ഇതിപ്പോ കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല മതി ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും ഇത് മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ട് പ്രയോജനപ്പെടും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും പ്രയോജനപ്പെടും ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കട്ടെ കാരണം ഇത് എന്നെങ്കിലുമൊക്കെ ഉള്ളു പൊന്തി വരും സകലത്തിനെയും അനുഭവിക്കുന്ന അനുഭവി ഒരിക്കലും വിട്ടുമാറാതെ നിൽക്കുന്നു അറിവ് ആ അറിവാണ് ഞാൻ അതിലാണ് ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ അതിലാണ് ഈ പ്രപഞ്ചം വന്നും പോയും കൊണ്ടിരിക്കുന്നത് ഒരിക്കലും രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ഭഗവാനെ എന്റെ കുടുംബം ഭാര്യയും മക്കളും ഒക്കെ ഞാൻ ഉപേക്ഷിക്കട്ടെ എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു ഉപേക്ഷിക്കാൻ അവരൊന്നുമില്ലല്ലോ കുടുംബവും കുടുംബത്തിലല്ല നീ ഇരിക്കുന്നത് കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ നിന്നിൽ ഉള്ളവരാണ് ഒരു ചിത്തവൃത്തി മാത്രമാണ് തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയാൽ ഇവിടെ കുടുംബവുമില്ല ഒന്നുമില്ല അഖണ്ഡമായ ബോധം മാത്രമേ ഉള്ളൂ ആ ബോധത്തിൽ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കണൂ അല്ലാതെ പ്രപഞ്ചത്തിലല്ല ബോധം ബോധത്തിലാണ് പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു അനുഭവമല്ലേ അനുഭവം എവിടെ നിൽക്കണൂ അനുഭവിക്കണവനിൽ അനുഭവിക്കണവനാരാ ഞാൻ ഞാൻ അനുഭവിക്കുന്നു പ്രപഞ്ചം എന്ന് പറയണത് എന്റെ അനുഭവം അനുഭവം എന്നുള്ളത് ഒരേ മാത്രമേ ഉള്ളൂ ഇവിടെ ഹൃദയസ്ഥാനത്ത് നിങ്ങളെയൊന്നും ഞാൻ അനുഭവിക്കണില്ല ഇതൊക്കെ ഇപ്പോൾ രമണീയത്തിലൊക്കെ കേട്ടവർക്ക് നല്ലവണ്ണം അറിയാം നിങ്ങളെയൊന്നും ഇപ്പൊ ഞാൻ അനുഭവിക്കണില്ല നിങ്ങളെയൊക്കെ ഞാൻ കാണുകയാണ് കാണുക എന്ന് പറയണത് ഒരു അനുഭവമല്ല കാരണം നിങ്ങളെ കാണുന്നത് കൊണ്ട് ഞാൻ അനുഭവിക്കണമെന്ന് അർത്ഥമില്ല ഈ മൈക്കനെ കാണുന്നു നിങ്ങളെ കാണുന്നു അനുഭവമൊന്നുമില്ല നിങ്ങളെ എന്നുള്ള ഒരു ഇന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടെ മാത്രം കാണപ്പെടുന്നതാണ് ഞാനല്ലാത്ത നിങ്ങളൊക്കെ അതേപോലെ ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു കുട്ടികളുടെ ശബ്ദം ഞാൻ തന്നെ വർത്തമാനം പറയുന്ന ശബ്ദം ഇതൊക്കെ എനിക്ക് ചെവി ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ ചെവിയില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല അതും അനുഭവമല്ല സ്പർശിച്ചാൽ അറിയുന്ന സുഖം അല്ലെങ്കിൽ അറിവ് അതും എനിക്ക് തൊലി ഉണ്ടെങ്കിലേ തൊക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷേ എനിക്ക് ഞാൻ ഉണ്ട് എന്ന് അറിയാൻ ഏതെങ്കിലും ഇന്ദ്രിയം വേണോ തൊട്ടു നോക്കണോ ഞാൻ ഉണ്ടോ എന്നറിയാൻ ലൈറ്റ് ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ട് എന്ന് അറിയുള്ളൂ എന്നുണ്ടോ ദിവസം ഒരു അരമണിക്കൂറിന് ഞാനില്ലാതാവും കറണ്ട് കട്ട് സമയത്ത് സംശയം ഇരുട്ട് സമയത്ത് ആ തെരഞ്ഞു നടക്കേണ്ടി വരും നമുക്ക് ഒരാൾ പറഞ്ഞു അത്രേ ഒരു സത്രത്തിൽ പോയപ്പോൾ ഒരു മൂന്ന് നാല് പേരുടെ കൂടെ മുറിയിൽ കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ഷൂവും സോക്സും ഒക്കെ ഇട്ടിട്ട് കിടക്കുകയാണ് അയാൾ എന്തിനാ ഷൂവും സോക്സും ഒക്കെ ഇട്ടിട്ട് കിടക്കണമെന്ന് ഈ മുറിയിൽ മൂന്ന് നാല് പേരുണ്ട് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ ഞാൻ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് അപ്പൊ രാവിലെയാണ് വെച്ചാൽ അതുപോലത്തെ വീട്ടിൽ ഒന്നും നമുക്ക് വരില്ല അല്ലെ എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഉണ്ടെന്നുള്ളത് നഷ്ടപ്പെടാത്ത ഒരേ അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ളത് മാത്രം മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയാൽ അറിയില്ല എന്തെങ്കിലും ഇന്ദ്രിയം കണ്ട് സഹായമില്ലാതെ മറ്റുള്ളവരെ ഒന്നും കണ്ടെത്താൻ പറ്റില്ല അതൊക്കെ പ്രതീതി കൈകാലൊക്കെ മുറിച്ചാൽ പോലും അറിയില്ല അത് ആദ്യത്തെ ദിവസമായി നമ്മൾ പറഞ്ഞു കൈകാലൊക്കെ വെട്ടിമാറ്റിയാൽ പോലും വേദനയില്ലെങ്കിൽ കൈകാലില്ല പോലും നമുക്ക് ഫീൽ ചെയ്യില്ല അറിയില്ല ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ വേണമെങ്കിൽ ആ അതില്ല എന്നറിയാം എന്നല്ലാതെ അതൊന്നും ഞാൻ ബോധത്തിന്റെ ഭാഗമേ അല്ല ആ ബോധത്തിന് ഒരിക്കലും മരണവുമില്ല അത് നമുക്ക് സ്വയമേവ അനുഭവം ഞാൻ ഉണ്ട് എന്നറിയണം ആ ഉണ്ട് എന്നുള്ളത് ഇല്ലെന്ന് ഒന്ന് അനുഭവിപ്പിച്ച് നോക്കും നോക്കട്ടെ ഒരിക്കലും സാധ്യല്ല ഉള്ള വസ്തു ഒരിക്കലും ഇല്ലാതാവില്ല എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് വ്യക്തമാവണമെങ്കിൽ ഇതറിയണം അല്ലാതെ ഫിലോസഫിക്കലായിട്ട് വ്യാഖ്യാനിച്ചാലൊന്നും കിട്ടില്ല നമ്മളുടെ അനുഭവം കൊണ്ട് കണ്ടെത്തണം ഞാൻ ഉണ്ട് എന്ന് അറിയണൂ അതൊരിക്കലും ഇനി നഷ്ടപ്പെടില്ല സതഹ വിദ്യതെ അഭാവ സദ്വസ്തു ഉണ്ട് എന്ന് അറിയണൂ അതെങ്ങനെ ഇല്ലാതാവും ഇനിയിപ്പോ ശരീരം അസത്ത് അതിന് ഭാവവും ഇല്ല ഭഗവാൻ പറയണത് അത് കണ്ടാലേ ഉള്ളൂ അത് തൊട്ടു നോക്കിയാലേ ഉള്ളൂ അപ്പൊ അതിന് ഭാവമില്ല ഏത് ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ട് മാത്രം അറിയപ്പെടുന്നുവോ അത് വാസ്തവമല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മൂന്ന് വിധത്തിലാണേ ഒന്ന് റിലേറ്റീവ് അതായത് തൽക്കാലത്തേക്ക് നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട് വേറെ ഒന്ന് മാനസികമായിട്ടുള്ളത് അതായത് വീട്ടിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കണോ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അവരെവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവാം എനിക്കറിയില്ല അത് ഭാവന പിന്നെ ആക്ച്വൽ എക്സ്പീരിയൻസ് ആക്ച്വൽ എക്സ്പീരിയൻസ് പറയണത് ഒന്നേ ഒന്നേ ഉള്ളൂ ഞാനുണ്ട് എന്നുള്ളത് ബാക്കി ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ബാക്കി എങ്ങനെ വേണമെങ്കിൽ ആവാം അതാണ് മായ മായ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതിന് സുവ്യക്തമായ വ്യാഖ്യാനം ഈ ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് ഒഴിച്ച് ബാക്കിയെല്ലാം ആയാ അതിനെക്കുറിച്ച് ഒന്നും ഒരു സിദ്ധാന്തം ഉണ്ടാക്കാനേ പറ്റി അതുകൊണ്ടാണ് നമ്മളുടെ സയൻസിന്റെ സിദ്ധാന്തമൊക്കെ പൊളിഞ്ഞു പോണത് ഒരിക്കൽ ഉണ്ടാക്കിയ സിദ്ധാന്തം വളരെ വ്യക്തമെന്ന് തോന്നും വേറെ ഒരാൾ വന്നിട്ട് പറയും മുഴുവൻ കള്ളാണോ പറയും മാറ്റും അയാൾ ഒരു സിദ്ധാന്തം ഉണ്ടാക്കും അതെന്തോ മാറില്ല എന്ന് വിചാരിക്കും പിന്നാലെ വരുന്ന ആളുകൾ പറയും ഈ സിദ്ധാന്തം തെറ്റാണോ പറയും എന്താന്ന് വെച്ചാൽ ഒരു സിദ്ധാന്തവും ഈ അദ്വൈത സിദ്ധാന്തമൊഴിച്ച് ആത്മതത്വമൊഴിച്ച് ബാക്കിയൊക്കെ സിദ്ധാന്തമൊക്കെ തന്നെ അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം ഏത് വിധത്തിലും പറയാം മാറിക്കൊണ്ടേയിരിക്കും മായ അതാണ് യുക്തിക്കൊന്നും വഴങ്ങി തരില്ല നമുക്ക് മുമ്പിൽ ഇന്ദ്രജാല പ്രകടനം നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അറിവുള്ളവര് ഈ വസ്തുവിനെ ഞാൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നു അതെന്താണ് എന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ അതിൻ്റെ പടി വിടണം എന്നാണ് അതാണ് ആചാര്യസ്വാമി പറയണത് ആത്മാവിനെ കണ്ടെത്തി പ്രാരബ്ധായ സമർപ്പിതം നിജവപുഹു ഇത്യേഷനുഷ് മമ ലോകത്തിൽ ഒന്നിലും നിർബന്ധം പിടിക്കരുത് എന്നാണ് ഒന്നിലും നിർബന്ധം പിടിക്കരുത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു ഭൂമി പരന്നിട്ടാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വാദിക്കാൻ പോകരുത് ആയിരിക്കാം ആര് കണ്ടു ഇപ്പൊ ഉരുണ്ടതാണോ എന്ന് പറയണു ഒരു കാലത്ത് പരന്നതാണെന്ന് നിശ്ചയിച്ചിരുന്നു അപ്പൊ ഉരുണ്ടത് എന്ന് പറഞ്ഞു ഒരാൾ വിഷം കൊടുത്തു കൊന്നു ഇപ്പൊ നമ്മൾ ഉരണ്ടതാണെന്ന് പറയണു കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ സയൻസ് പറയും ഭൂമി ഇപ്പൊ പരന്നു പരന്നു വരണൂ എന്ന് പറയും നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്തും പറയും ഇവര് ഇപ്പൊ ഈ സയന്റിസ്റ്റ് തന്നെ പറയും കുറച്ച് കഴിഞ്ഞാൽ ഇതേ ഇപ്പൊ പരന്ന് പരന്നു വരികയാണെന്ന് പറയും ഒരു സുപ്രഭാതത്തിൽ ഭൂമി പരന്നു എന്ന് പറയും അല്ല എന്ന് പറയാൻ പറ്റില്ല എന്തും നടക്കാം കാരണം ഈ ആത്മതത്വം ഒഴിച്ച് ബാക്കിയൊക്കെ ആപേക്ഷികമാണ് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിൽ എന്തുമാവട്ടെ അതൊരു കഥ ഈ കുട്ടികളുടെ പുസ്തകത്തിലുള്ള കഥകൾ പോലെയുള്ള കഥ വാസ്തവികത കൊടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതലൊന്നും വാസ്തവികത അതിന് കൽപ്പിക്കാതെ ഇരുന്നാൽ ദുഃഖിക്കാതെ ഇരിക്കാം തൽക്കാലത്തേക്കൊക്കെ നമുക്ക് ചിലതൊക്കെ വാസ്തവമായിട്ട് തോന്നിയെങ്കിലും ക്രമേണ നോക്കുമ്പോൾ അതൊന്നും വാസ്തവമല്ല ആത്മാവഴിച്ചു ബാക്കിയൊക്കെ അനൃത്തം കള്ളം ഞാൻ പറയേണ്ടതല്ല സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനമാവുമ്പോൾ ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഉദ്ധവ ഈ യാദവ വംശവും തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കൃഷ്ണരൂപവും ഈ മഹാഭാരത യുദ്ധം നടന്നതും ഒക്കെ കള്ളം ഇതൊന്നും വിശ്വസിച്ചു പോകരുത് ദ്വൈതം എവിടെ കാണുന്നു അത് കള്ളം രണ്ടാമതൊരു പൊരുൾ ഉണ്ടെന്ന് കാണുന്നുണ്ടോ അത് നുണ ം ഭദ്രം കിമഭദ്രം വൈത അവനഃ കിയത് വാചോദിതം തദനൃതം മനസാ ധ്യാതമേവ വാക്കുകൊണ്ട് മിണ്ടിയാ കള്ളം മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ചാൽ കള്ളം പിന്നെ ഉണ്ണയായിട്ടുള്ളത് എന്താ ആത്മാവെന്നേ ഉള്ളൂ ബ്രഹ്മം ഒന്നു മാത്രം സത്യമായിട്ടുള്ള വസ്തു ബാക്കിയൊക്കെ വന്നും പോയും കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന വസ്തു അത് ഒന്ന് ബോധം വരുത്താൻ അർജുനന് വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വരൂപദർശനം ഭാഗവതത്തിൽ അനേക വിശ്വരൂപ ദർശനമുണ്ട് സത്യവ്രതൻ എന്ന് പറയുന്ന ഒരു രാജ അദ്ദേഹം ആത്മജ്ഞാനത്തിനു വേണ്ടി തപസ്സ് ചെയ്യണൂ കൃതമാല നദിയിൽ കൃതമാല നദിയിൽ തപസ് ചെയ്യുന്ന സത്യവ്രതൻ ഒരു ദിവസം അർഗ്യം കൊടുക്കാനായിട്ട് വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തു കയ്യിൽ വെള്ളമെടുത്തപ്പോ ആകാശത്തു നിന്ന് ഒരു കൊച്ചു മീന് കൈക്കുമ്പിളിൽ വീണു അദ്ദേഹം അനേക വിധത്തില് ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കുക ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് കൈക്കുമ്പിളില് ഒരു മത്സ്യം വീണു മത്സ്യം വീണപ്പോ രാജാവ് ആ മത്സ്യത്തിനെ വെള്ളത്തിലിടാനായിട്ട് ശ്രമിച്ചു ചിലപ്പോ വെള്ളത്തിന് തുള്ളി വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു അത് തന്നെ നദിയിൽ തന്നെ ഇടാൻ ശ്രമിച്ചപ്പോ ആ മത്സ്യം പറഞ്ഞു മത്സ്യം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ രാജാവെ ഈ നദിയിലിടരുത് ഇതിലുള്ള മീനുകളൊക്കെ എന്നെ തിന്നും എന്നെ രക്ഷിക്കണം രാജാവ് വേഗം ആ കൊച്ചു മീനിനെ തന്റെ കമണ്ടലുവിലിട്ടു എന്നിട്ട് ആശ്രമത്തിൽ കൊണ്ടുപോകുമ്പോഴേക്കും കമണ്ടലുവൊക്കെ നിറഞ്ഞു വലുതായിരിക്കണം വളരെ വേഗം വലുതായി രാജാവ് അല്പം ആശ്ചര്യപ്പെട്ടു എങ്കിലും ഒരു വലിയ തൊട്ടി വെള്ളത്തിലും ഇട്ടു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ തൊട്ടി വെള്ളം മുഴുവൻ നിറഞ്ഞു വലുതായി മീനും എനിക്കിവിടെ ഇരിക്കാൻ വയ്യ എന്നെ രക്ഷിക്കണം കുളത്തിലിട്ടു കുളം നിറഞ്ഞു വലിയ സരസിലിട്ടു സരസ് നിറഞ്ഞു അവസാനം കടലിൽ കൊണ്ടുപോയി എന്നിട്ട് രാജാവ് ചോദിക്കുക ജിംഹമിത്സ് മത്സ്യം കള്ള മീൻ എന്നാണ് ഇത് മീനല്ല മീൻ വേഷം കെട്ടി ആരോ വന്നിരിക്കുകയാണ് അപ്പൊ രാജാവ് സത്യവ്രതൻ അദ്ദേഹത്തിന്റെ പേര് തന്നെ വാസ്തവത്തിൽ ശ്രാദ്ധദേവൻ മനുവാണ് പൂർവജന്മത്തിൽ ഈ സത്യവ്രതൻ സത്യവ്രതൻ എന്നുള്ള പേര് കാരണ പേരാണ് എന്തുകൊണ്ട് സത്യവ്രതൻ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ പരമമായ സത്യത്തിനെ കണ്ടെത്തിയിട്ടേ ഇരിക്കുള്ളൂ എന്ന് വ്രതമെടുത്ത ആളാണ് അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മാജിക് ഷോ നടന്നു ഈ മത്സ്യം ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു അപ്പൊ സമുദ്രത്തിൽ കൊണ്ടാക്കിയപ്പോ മത്സ്യത്തിനോട് ചോദിക്കുകയാണ് അവിടുന്ന് ഭഗവാനാണെന്ന് എനിക്കറിയണം എനിക്ക് തത്വജ്ഞാനം ഉണ്ടാവാനായിട്ട് എന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് അങ്ങ് വന്നിരിക്കുന്നത് ഈ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ് അപ്പോ സത്യവ്രതന്റെ അടുത്ത് ആ മത്സ്യരൂപിയായി ഭഗവാൻ പറഞ്ഞു ഇന്നക്ക് ഏഴാമത്തെ ദിവസം ഈ ഭൂമി മുഴുവൻ കടൽ വിഴുങ്ങും രാജാവെ ഭൂമി മുഴുവൻ കടൽ വിഴുങ്ങും അപ്പോ ഒരു തോണി വരും ആ തോണിയിൽ ഋഷികളൊക്കെ ഇനി അടുത്ത കൽപ്പത്തിന് അടുത്ത യുഗത്തിന് വേണ്ട ബീജങ്ങളൊക്കെ ശേഖരിച്ചു വയ്ക്കുക ആ പ്രളയജലത്തില് ഞാൻ വരും ഈ മത്സ്യരൂപിയായിട്ട് വരും എനിക്കൊരു കൊമ്പുണ്ട് ആ കൊമ്പിൽ ഈ തോണിയെ കെട്ടിയിട്ട് ഈ തോളിയിൽ പോകുമ്പോ അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അങ്ങയുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഉത്തരം ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കാം അങ്ങയ്ക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോയി അതേപോലെ ഏഴാമത്തെ ദിവസം പെരും വെള്ളം വന്നു പ്രളയം പ്രളയം വന്നു അതേപോലെ മീന് വന്നു തോടി വന്നു രാജാവ് കെട്ടി ഇവിടെ ശ്രീധരാചാര്യർ ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം പറയുന്നു ഇത് എന്ത് മീനാണ് ഇതെന്ത് പ്രളയമാണ് ശ്രീധരാചാര്യർ ഭഗവത ഭാഷ്യം ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞു ഇത് നോപി വാസ്തവ പ്രളയ ഇത് വാസ്തവമായ പ്രളയമൊന്നുമല്ല കാരണം ശരിക്കും പ്രളയം വന്നാൽ മീനൊന്നും ഉണ്ടാവില്ല ശരിക്കും പ്രളയം വന്നാൽ മത്സ്യവും ഉണ്ടാവില്ല മനുഷ്യനും തോണിയും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ തന്നെ ജടപദാർത്ഥങ്ങളല്ല ഇതൊന്നുമില്ല അവിടെ അപ്പൊ ഇത് വാസ്തവമായ പ്രളയമല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ സത്യവ്രതസ് രാജർഷേഹേ വൈരാഗ്യാർത്ഥം അകസ്മാത് പ്രളയമിവ ദർശയാമാസ ഈ സത്യവ്രതത്തിന് ഒന്ന് വൈരാഗ്യം ഉണ്ടാവണം വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ലോകത്തിലുള്ളതൊക്കെ താൻ എന്തൊക്കെ പ്രിയം എന്ന് ധരിച്ചിരിക്കുന്നു അതൊക്കെ നശിച്ചു പോണത് മുമ്പിൽ കണ്ടാൽ ഓ ഇതൊക്കെ വാസ്തവമല്ല എന്ന് മനസ്സിലായിട്ട് വാസ്തവമായതിനെ തരയും അപ്പൊ ആ വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടി എല്ലാം മുമ്പിൽ നശിക്കുന്നതൊന്ന് കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പ്രളയമൊക്കെ മുമ്പിൽ കാണിച്ചു കൊടുത്തു ഇത് ഇന്ദ്രജാലമൊക്കെ കാണിച്ചു കൊടുത്ത് ഒന്ന് പേടിപ്പിച്ചു രാജാവിനെ എന്നാൽ ഇനി പുറത്തു പോകും നമ്മളെയൊക്കെ ഭഗവാൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്രളയമൊക്കെ കാണിച്ച് പേടിപ്പിക്കും പ്രിയപ്പെട്ടവര് മരിച്ചു പോവുക പ്രിയപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോവുക വീട് പൊളിഞ്ഞു പോവുക പണം നഷ്ടപ്പെട്ടു പോവുക ഇതൊക്കെ പ്രളയമാണല്ലോ ഓരോ വസ്തുക്കൾ ഇല്ലാതാവണം ഇതൊക്കെ നമുക്കൊരു പ്രളയമാണ് ഭഗവാൻ പറയണത് പുറമേക്ക് നോക്കണ്ട ഉള്ളിലുണ്ട് ഓരോന്നും കണ്ട് പഠിച്ച് നമുക്ക് ഉള്ളിലേക്ക് തിരിയാനാണ് ഈശ്വരനെ ശരണാഗതി ചെയ്യാനാണ് ഭഗവാനെ കണ്ടെത്താനാണ് ഇപ്പൊ ഇവിടെ രാജാവിന് ഈ മഹാപ്രളയം കാണിച്ചു കൊടുത്തുന്നു വെരട്ടി വെരട്ടി കഴിഞ്ഞപ്പോ രാജാവ് ചോദിച്ചു ഭഗവാനെ അങ്ങ് ആത്മവിദ്യ ഉപദേശിക്കാം വന്ന ഗുരുവാണ് അനാദി അവിദ്യോപഹതാത്മസംവിധ തന്മൂല സംസാര പരിശ്രമാരാഹ യദൃച്ചയേഹോപൃതായമാനുയുഹ വിമുക്തിദോന പരമോ ഗുരുഭവാനും അവിടുന്ന് ഗുരുവാണ് അനാദി അവിദ്യോപഹത ആത്മസംവിധ തന്മൂല സംസാര പരിശ്രമ ആതുരാഹാൻ അനാദികാലമായി തുടങ്ങി അവിദ്യ ആ അവിദ്യ കൊണ്ട് ആത്മജ്ഞാനം മറയ്ക്കപ്പെട്ട് അജ്ഞാനം ഉണ്ടായിരിക്കണം ശരീരമാണ് ഞാൻ എന്നൊരു ഭ്രമം അതിനെ മാറ്റി ആത്മതത്വം ബോധിപ്പിക്കാനായിട്ട് വന്ന ആചാര്യനാണ് അവിടുന്ന് സ്തുതിക്കാം ഇവിടെ ഈ പ്രളയമൊക്കെ കാണിച്ചു കൊടുത്തതല്ല ഭഗവാന്റെ ഉദ്ദേശം പ്രളയമൊക്കെ കണ്ടപ്പോ രാജാവ് ആത്മതത്വം ചോദിച്ചു ആത്മതത്വം ചോദിച്ചു ഇപ്പൊ അതേപോലെ തന്നെ ഇവിടെ വിശ്വരൂപദർശനം കണ്ടിട്ട് അർജുനന് മനസ്സ് പൂർണ്ണമായി ഭഗവാനിൽ ആവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വരൂപദർശനം മുഴുവൻ നശിക്കുന്നതായിട്ട് കാണിച്ചു കൊടുത്തു സർവവും നശിക്കുന്നതായിട്ടും എല്ലാത്തിനെയും ഭഗവാൻ വിഴിഞ്ഞണതായിട്ടും കാണിച്ചു കൊടുത്തു അത് ഭയന്നിട്ട് അർജുനൻ ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്തു നമുണതേവ സർവ അനന്ത വീത വിക്രമസ്വം സമപ്രനോഷി തോസി സർവാ സഖേതി മ പ്രഭം യദുക്തേ കൃഷ്ണ ഹേ യാദവസ ഹേ സഖേതി അജാനതമഹിമാനം തേദം മയാ പ്രമാണയനീ യസാത്തും അസത് ഹാരശയസന ഭോജനേഷു ഏകോതമാപ്യക്ഷുതത്സമക്ഷം തക്ഷാമയേ അജം ത്വാഹം അപ്രമേയം ത്വാമഹം അപ്രമേയം ഭഗവാനെ അവിടുന്ന് ആരാണെന്ന് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റില്ല കൊച്ചു മത്സ്യം ഭീമാകാരമായി വളർന്ന പോലെ തന്നെ ഇവിടെ തേർത്തട്ടിലിരിക്കുന്ന കൊച്ചു കൃഷ്ണൻ വിശ്വരൂപിയായി വളർന്നു നിൽക്കാണ് അത് കണ്ട് പേടിച്ചിട്ടാണ് അർജുനൻ ഇവിടെ പറയണത് അങ്ങേ ഞാൻ എന്തൊക്കെ വിളിച്ചു ഹേ സഖേ എന്റെ കൂട്ടുകാരെന്ന് വിചാരിച്ച് ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേ എന്നൊക്കെ വിളിച്ചു അജാനതാ മഹിമാനം അവിടുത്തെ മഹിമയെ അറിയാതെ പ്രണയം കൊണ്ടോ അഥവാ അജ്ഞാനം കൊണ്ടോ അവിടുത്തെ എന്തൊക്കെയോ വിളിച്ചു അസത്കൃതോസി അങ്ങേ ചിലപ്പോഴൊക്കെ ഞാൻ തെറ്റായി പെരുമാറിയിട്ടുണ്ട് ഇല്ല രണ്ടുപേരും ഒരേ വയസ്സായതുകൊണ്ട് വിഹാരശയ്യാസന ഭോജനേഷു ഐക്യാ ഋതവാൻ ഇതി വിപ്രലബ്ധാ സഖ്യു സഖേവ പിതൃവത് തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേരഖമ്മേ ഭാഗവതത്തിൽ അർജുനൻ കരയണു ഞാൻ എന്തൊക്കെ ചെയ്തു ഒരു പോലെ അടുത്തു കടന്നു കെട്ടിപ്പിടിച്ചു കടന്നു ചീത്ത വിളിച്ചു കളിയാക്കി കൂടെ ഉണ്ടു കൂടെ ഉറങ്ങി കൂടെ നടന്നു അതൊക്കെ സഖ്യു സകേവ പിതൃവത് തനയസ് ഒരു അച്ഛൻ തന്റെ പുത്രൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ക്ഷമിക്കണ പോലെ ഒക്കെ ക്ഷമിച്ച് എന്നോട് പ്രിയമായി പെരുമാറി ഭഗവാൻ കൃഷ്ണൻ ഇതൊക്കെ പിതാസി ലോകീയാന്പ്രതിമപ്രഭാവ ഭഗവാനെ അവിടുന്ന് പിതാവാണ് ലോകത്തിന് ചരാചരസ് ലോകസ്യ പിതാസി അച്ഛനും അമ്മയും ഒരാളായതുകൊണ്ട് നമുക്ക് ഭഗവാനോട് എന്തും പറയാം ഒരു ഭക്തൻ വള്ളലാർ സ്വാമികൾ രാമലിംഗ സ്വാമികൾ ഒരു പാട്ടിൽ പാടി തടിത്ത ഓർ മകനൈ തായി അടിത്താൽ തന്തൈ ഒരു കുട്ടി കുറുമ്പ് കാണിക്കുന്ന കുട്ടിയാണെങ്കിൽ അമ്മ അടിച്ചാൽ അച്ഛൻ വിളിച്ച ആലിംഗനം ചെയ്യും തന്തൈ അണൈത്താൾ തായ് അണൈപ്പഴും അച്ഛൻ അടിക്കുകയാണെങ്കിൽ അമ്മ ആലിംഗനം ചെയ്ത് സമാധാനിപ്പിക്കും എനിക്കാവട്ടെ അച്ഛനും അമ്മയും ഒരാളാണ് പൊടിത്തിരുമേനി അമ്പലത്താടും പുണിതനി ആദലാൽ എന്നെ അടിത്തിടൽ പോതും അണൈത്തിടൽ വേണ്ടും അമ്മയപ്പ അമ്മയും അച്ഛനുമായിട്ട് ഒരേ ഭഗവാൻ ഒരേ മൂർത്തിയെ ഉള്ളു വേറെ ആരും ചെയ്യാനില്ല ഭഗവാൻ നമ്മുടെ മഹർഷിയും അങ്ങനെ പാടുന്നുണ്ട് അതായത് പതിനേഴ് വയസ്സിൽ കുടുംബവും ഒക്കെ വിട്ട് തിരുവണ്ണാമലയിൽ വന്ന് തെരുവ് തെരുവായി ഭിക്ഷയെടുത്ത് നടന്നപ്പോ മഹർഷിക്ക് ഭഗവാൻ ചെയ്ത അപാര കൃപയെക്കുറിച്ച് ഓർമ്മ വരിക അതായത് പതിനേഴ് വയസ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും സംസാരത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു സമയം അങ്ങിടും കടക്കാം ഇങ്ങിടും കടക്കാം ആ വയസ്സ് വരെ യാതൊരു വിധത്തിലും വളർത്തി മായയിൽ വീഴാതെ കാത്ത് ആ പതിനേഴ് വയസ്സിൽ ശരിക്കും ആത്മബോധം ഉണ്ടാക്കി തന്നെ ആകർഷിച്ച അരുണാചലത്തില് ഭഗവാൻ തടുത്ത് ആൾക്കൊള്ളൽ ആൾക്കൊണ്ട് തൻ്റെ പാർശ്വതനായി തന്റെ കുട്ടിയായി മടിയിൽ വെച്ച് കാത്തുരക്ഷിച്ചു ഇതിനൊക്കെ ഓർമ്മിച്ചുകൊണ്ട് പറയാണ് അമ്മയും അപ്പനും ആഹിയനെ ആക്കി അളിത്ത് അം മഹിമായ യാൻ മുൻ എൻ മനം മഞ്ഞി ഇഴുത്ത് ഉൻ പദത്തിൽ ഇരുത്തിനയാൽ ചിന്മയനാം അരുണാചല നിൻ അരുൾ ചിത്രമെന്നേ അരുണാചല അവിടുത്തെ അരുൾ അവിടുത്തെ കൃപയെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ അമ്മയും അപ്പനും ആകി അച്ഛനും അമ്മയുമായി കൂടെ ഇരുന്ന് ആ മഹാമായയിൽ ഞാൻ വീണ് പെരണ്ടു പോണതിന് മുമ്പ് ആക്കി അളിത്ത് അം മഹാ മഹിമായ യാൻ ആഴ്തിടും ഞാൻ ആ മഹാമായയിൽ വീണു പോണതിന് മുമ്പ് എൻ മനം മഞ്ഞിയിഴുത്ത് മനസ്സിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഉൻ പദത്തിൽ ഇരുത്തിനയാൾ ഭഗവാൻ സ്വരൂപാനുഭൂതിയില് ആത്മാനുഭവത്തിൽ പിടിച്ചിരുത്തി ആത്മാനുഭവത്തിനെ ഉണ്ടാക്കി കൊടുത്തു ബ്രഹ്മാനുഭവത്തിനെ ഉണ്ടാക്കി കൊടുത്തു ഇനി വീഴ്ചയില്ലാത്ത രീതിയിൽ ആത്മസ്വരൂപത്തിൽ ഇരുത്തി ഇതാണ് ഭഗവാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കൃപ ഇപ്പൊ അർജുനനും ഭഗവാൻ അതല്ലേ യഥാർത്ഥ സമയത്തിൽ അത്ര നേരം സുഖിക്കുമ്പോഴൊക്കെ ഭഗവാൻ സുഖിച്ചോളൂ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനൊക്കെ ചെയ്തോളൂ എന്ന് പറയും ഭഗവാൻ എല്ലാം പറയും കുട്ടിക്കാലം മുതൽ ആരെയുമേ ഭഗവാൻ ദ്രോഹിക്കണില്ല നിർബന്ധിച്ച് അച്ഛനും അമ്മയും പോലും കുട്ടിയെ പഠിക്കാൻ സമ്മതിക്കില്ല കളിക്കാൻ സമ്മതിക്കില്ല കളിക്കാൻ പോയാൽ അടിച്ചുകൊണ്ടുവന്ന് പഠിക്കണാ എന്ന് പറയും ഭഗവാനാണെങ്കിൽ കളിക്കാൻ പോകുന്നില്ല കളിക്കാൻ പോയിക്കോളൂ എന്ന് പറയും കൂടെ വന്ന് കളിക്കും പഠിക്കാനാണോ ഉത്സാഹം എന്ന് വെച്ചാൽ കൂടെ ഇരുന്ന് ഭഗവാൻ പഠിക്കും നമുക്കൊക്കെ കഴിയാണല്ലോ ചെറുപ്പകാലം മുതൽ എന്തൊക്കെ വാസനയനുസരിച്ച് എല്ലാത്തിനും ഭഗവാൻ കൂട്ടു നിന്നു തോറ്റുവോ ശരി തോറ്റു വളരെ നല്ലത് അതിനും കൂടെ നിൽക്കും ജയിച്ചോ ജയിച്ചു ജോലി വേണോ ആ ജോലിക്ക് ഭഗവാൻ നമ്മളുടെ കൂടെ നടക്കും കല്യാണമോ കല്യാണം കഴിച്ചു കുട്ടിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞോ ശരി കുട്ടിയെ ഉണ്ടാവും എന്നിട്ട് കുട്ടി ഉണ്ടായിട്ട് മഹാവിഷമം ഉണ്ടായോ അപ്പോഴും ശരിയോ വളരെ നല്ലത് കല്യാണം കഴിച്ചിട്ട് മഹാവിഷമം ഉണ്ടായോ അപ്പോഴും നല്ലത് കൂടെ എന്നിട്ട് എല്ലാം വിട്ടിട്ട് സന്യാസമായിട്ട് ഓ അപ്പോഴും വളരെ നല്ലത് വരും എല്ലാത്തിനും ഭഗവാൻ കൂടെ ഉണ്ട് എല്ലാത്തിനെയും ഭഗവാൻ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും സകലത്തിനും കൂടെ ഉണ്ട് ആ കൃപാശക്തി പിതാവായിട്ടും മാതാവായിട്ടും കൂടെ ഇരുന്ന് അതാണ് അർജുനൻ ഇവിടെ പറയണത് ഭഗവാനെ ഞാൻ എന്തൊക്കെ ചെയ്തു അപ്പോഴൊക്കെ കൃഷ്ണൻ കൂടെ ഉണ്ടേ അർജുനന് ഇത്രകാല ആത്മതത്വം ഉപദേശിച്ചില്ല അതാണോ ഇത്രകാല ആത്മവിദ്യ ഒന്നും തലയിൽ വെച്ച് കെട്ടിയില്ല കുട്ടിക്കാലം കളിക്കാമെന്നാണ് കൂടെ കളിച്ചു നടന്നു ഉറങ്ങുമ്പോ രണ്ടാവും ഉറങ്ങി വർത്തമാനം പറയുമ്പോൾ വർത്തമാനം പറഞ്ഞു പൊളിറ്റിക്സ് രാഷ്ട്രീയ ചില പ്രശ്നം വന്നപ്പോ ഭഗവാൻ വിട്ടുകൊടുക്കരുത് അർജുനാണെന്ന് യുദ്ധം ചെയ്യണം അർജുനന്റെ ഭാവത്തിന് അപ്പോഴൊന്നും ആത്മവിദ്യ ഉപദേശിച്ചാന്നും ശരിയാവില്ല കൃഷ്ണനെ കൂട്ടെ അങ്ങനെയൊക്കെ പറയണ ആളായതുകൊണ്ടാണ് കൃഷ്ണനെ പിടിച്ച് രഥത്തിലിരുത്തിയത് നോക്കണം കുരുക്ഷേത്രത്തിലെ രണ്ടാളുകളാണ് സൂതന്മാര് മുഖ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിനെ കാണിക്കണത് ഒന്ന് കർണനും ഒന്ന് അർജുനനും രണ്ടുപേരും തുല്യ ബലവാന്മാരും പക്ഷെ രണ്ടുപേരുടെ ഈ പേര് നോക്കുക ഇവിടെ കൃഷ്ണൻ ജ്ഞാനസ്വരൂപിയാണ് അതുകൊണ്ട് തകർന്നു പോയ ആളെ പിടിച്ചിരുത്തി അവിടെ ഒരാൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെയാണ് യുദ്ധഭൂമിയിൽ വന്നിരിക്കുന്നത് കർണൻ ഇരിക്കുന്ന ആളാരറിയോ സൂതൻ ശല്യന് പേര് വേണ്ട മനസ്സിലാവില്ലേ മഹാശല്യം തുടങ്ങിയത് മുതൽ തന്നെ കൊണ്ടൊന്നും ആവില്ലടാ എന്ന് പറയും വില്ലെടുത്താൽ ആ മുമ്പിൽ ഇരിക്കണതുണ്ടല്ലോ അർജുനന്റെ മുമ്പിൽ പോയാൽ താൻ എന്ന് പറയും താൻ ജയിക്കില്ല താൻ തോൽക്കും ഓരോ ക്ഷണത്തിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു തളർത്തി അവസാനം തേരുചക്രം ചളിയിൽ കൊണ്ടുതള്ളി ഇതാണ് അജ്ഞാനത്തിനെ ബുദ്ധിയുടെ സ്ഥാനത്തിൽ അജ്ഞാനമുള്ളപ്പോ ശരീരമാവുന്ന തേരുചക്രം സംസാര കുഴിയിൽ ചെന്ന് വീഴും ബുദ്ധിയുടെ സ്ഥാനത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ വീണാ പോലും പിടിച്ചെഴുന്നേപ്പിക്കും അത് എത്ര കാലം ഭഗവാൻ കൂടെ നടന്നു കൂടെ നടക്കുമ്പോ വിരോധമില്ലാത്ത സുഖമൊക്കെ അനുഭവിക്കുമ്പോ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല അമ്പുവില് പഠിക്ക വലിയ അസ്ത്രവിദ്യ പഠിക്കുമ്പോ കൂടെ നിന്നു പാശുപഥാസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം പരമശിവനോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു അതും ചെയ്തു അത്യാവശ്യം ഒരു സന്യാസി വേഷവും കെട്ടിവഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ദ്വാരകയിലൊക്കെ വന്നപ്പോ സുഭദ്രയെ കണ്ടപ്പോ നന്നായിട്ടുണ്ട് കൃഷ്ണ അറിഞ്ഞില്ല ആരാണെന്നേ ആരാണെന്ന് ചോദിച്ചപ്പോ നല്ല പെൺകുട്ടിയില്ലേ എന്ന് കൃഷ്ണനും കൂടെ പറഞ്ഞു എന്നിട്ട് അവസാനമാണ് പറഞ്ഞത് എന്റെ സഹോദരിയാണ് കൊണ്ടുപോയിക്കോളൂ വേണമെങ്കിൽ അപ്പോഴൊന്നും ഏ അർജുന ഈ കാമക്രോധശ്ച ലോപശ്ച എന്നൊന്നും പറഞ്ഞില്ല അപ്പോഴൊന്നും പറഞ്ഞില്ല കാരണം അപ്പോഴൊന്നും പറഞ്ഞാൽ ബോധിക്കില്ല എന്ന് അറിയാം കണ്ടാശിച്ചപ്പോ കൊണ്ടുപോയിക്കോളൂ അർജുന എല്ലാത്തിനും ഒരു സമയം വരും എന്നറിയാം ഭഗവാൻ അതുകൊണ്ട് സുഭദ്രയെ രഥത്തിൽ കയറ്റി ഏട്ടനറിയാതെ പറഞ്ഞു വെച്ചു എല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ കൂട്ടുനിന്നാണ് അതാണ് അർജുനൻ ഇപ്പം നാണെന്ന് തോന്നണത് ഏത് ആളെ കൂടെ വെച്ചിട്ടാണ് എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം യുദ്ധഭൂമിയിൽ വന്നിട്ടും അപ്പോഴൊന്നും കൃഷ്ണനെ ശ്രദ്ധിച്ചില്ല അപ്പോഴൊക്കെ ചേരു കൊണ്ടുപോയി നിർത്തു നടുവിൽ കൊണ്ടു നിർത്തൂ എന്നൊക്കെ പറഞ്ഞു ഈ അർജുനന്റെ വീര്യം എതുവേരെ നിൽക്കും എന്ന് ഭഗവാൻ നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് നേരെ കൊണ്ടുപോയി ദ്രോണരുടെയും ഭീഷ്മരുടെയും മുമ്പിൽ കൊണ്ടു അത് കണ്ടു പേടിച്ച ആളുടെ സകല ശക്തിയും പോയി തളർന്ന് യ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം ഞാനിതാ അവിടുത്തേക്ക് ശരണാഗതി ചെയ്തിരിക്കുന്നു എനിക്ക് ശ്രേയസ് അറിയില്ല എന്റെ ബുദ്ധി ഇരുട്ടിൽ കയറിയിരിക്കുന്നു എനിക്ക് വഴി അറിയാതെ ഞാനിവിടെ നിൽക്കുകയാണ് എനിക്ക് വഴി കാണിച്ചു തരൂ ആദ്യം വഴി കാണിച്ചു തരൂ ചോദിക്കണവരെ ഭഗവാനൊന്നും പറഞ്ഞില്ല കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കൂട്ടുകാരന്റെ ഭാവത്തോടെ ആണും പെണ്ണും കേട്ടവനെ പോലെ എണിക്കടാന്ന് പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ അപ്പോഴും ആത്മവിദ്യ ഉപദേശിച്ചില്ല കുതസ്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമ കീർത്തികരമ അർജുന ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നൈതത്വ ഉപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വാ ഉത്തിഷ്ടപരന്ത ഈ ദൗർബല്യം ഒരാണും പെണ്ണും കെട്ട അവസ്ഥ ഇതൊക്കെ വിട്ടിട്ട് എഴുന്നേക്ക് യുദ്ധം ചെയ്യെന്ന് പറഞ്ഞു അപ്പോഴാണ് അർജുനന് പതുക്കെ തനിക്ക് വിവരം പോരാ തോന്നിയത് ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഘട്ടം വിവരം പോരാൻ തോന്നണതാണോ അദ്ദേഹം എനിക്കും തോന്നില്ല വിവരമുണ്ടെന്ന് തോന്നണവരാണോ കൂടുതൽ അർജുനന് മുഖ്യമായ ഒരു ഘട്ടം വിവരം പോരാന്ന് തോന്നി തോന്നിയപ്പോഴാണ് അർജുനൻ ചോദിക്കണത് ഭഗവാനെ എനിക്ക് ഉപദേശിക്കുക ഷാധിമാം ത്വാം പ്രപന്നം അങ്ങേക്ക് ഞാനിതാ പ്രപത്തി പ്രപത്തി എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ഇനി പറയാൻ പാടില്ല കഴിഞ്ഞു ആ അവസ്ഥയിൽ ശരണാതി ഷാധിമാം ത്വാം പ്രപന്നം എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ ആദ്യമായി വായ തുറക്കുന്നത് അതുവരെ ശ്രീ ഭഗവാനു വാചാന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇല്ല സെക്കൻഡ് ചാപ്റ്ററിൽ കുറെ ശ്ലോകങ്ങൾ കഴിഞ്ഞ് അർജുനൻ തന്റെ അറിവൊക്കെ പറഞ്ഞ ശേഷമാണ് ഭഗവാൻ തുറക്കുന്നത് അത് ആദ്യം തുറന്നപ്പോഴും ഒന്ന് ചീത്ത പറഞ്ഞു ഗതാസൂൻ അഗദാസൂനാനുശോചന്തി പണ്ഡിതാഹ പണ്ഡിതന്മാരെ പോലെ നീ പറയണമെന്നല്ലാതെ ഇങ്ങനെയൊക്കെ കിടന്ന് വിഷമിക്കണത് പണ്ഡിതന്മാരുടെ ലക്ഷണമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം തുടങ്ങിയത് ഇപ്പോ വിശ്വരൂപദർശനവും കണ്ടതോടുകൂടെ അർജുനന് ഭഗവാന്റെ പരിപൂർണമായ മഹിമ വൈഭവം പിടികിട്ടിയതുകൊണ്ട് അർജുനൻ തന്റെ പൂർവ അബദ്ധങ്ങളൊക്കെ അവഹേളനങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാന്റെ മുമ്പിൽ ക്ഷമായാചനം ചെയ്യാൻ ക്ഷന്തവ്യോമേ അപരാധ ഞാൻ ചെയ്ത അപരാധങ്ങളൊക്കെ ക്ഷമിക്കണം ത്വത്സമോസ്തി അവ്യധിക ലോകത്രയേപി അപ്രതിമപ്രഭാവ ഭഗവാനെ അങ്ങയ്ക്ക് സമമായിട്ട് ആരാണുള്ളത് അധികക്കുതോ അന്യ ത്വമ പൂജ്യ ഗുരുർഗരീയാൻ ഈ ലോകത്തിന് അങ്ങാണ് ഏറ്റവും വലിയ ഗുരു ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ മൂന്ന് ലോകത്തിലും അങ്ങയ്ക്ക് തുല്യമായ പ്രഭാവമുള്ള ആരും ആരുമില്ല അതുകൊണ്ട് തസ്മാത് പ്രണമ്യ പ്രണിതായ കായം ഈ ശരീരത്തിനേതാ നീണ്ട് നിവർത്തി അങ്ങയുടെ മുമ്പിൽ ഇട്ടിട്ട് ഞാനിതാ നമസ്കരിക്കുന്നു അത് വലിയൊരു ഘട്ടമാണ് അല്ലെങ്കിൽ നമസ്കരിക്കാൻ അത്ര എളുപ്പത്തിൽ പൂർണമായി നമസ്കരിക്കില്ല അല്ലേ ഉള്ളുകൊണ്ട് നമസ്കരിക്കില്ല വാസ്തവത്തിൽ ഒരു മനുഷ്യനെപ്പോ നമസ്കരിക്കും മുമ്പിൽ നിൽക്കുന്ന ആള് തികച്ചും തന്നെക്കാളും എത്രയോ ഉയർന്ന ആളാണെന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ നമ്മളെ അറിയാതെ നമ്മൾ നമസ്കരിക്കും അല്ലാതെ വെറുതെ കാണിച്ചു കൂട്ടണ നമസ്കാര യഥാർത്ഥ നമസ്കാരമല്ല അപ്പോൾ ഇവിടെ ഇതൊക്കെ പറയാൻ കാരണം പ്രണമ്യ പ്രണിതായ കായം ഇത്രകാലം അർജുനൻ കൃഷ്ണനെ ഇങ്ങനെ നമസ്കരിച്ചിട്ടില്ല കൂട്ടുകാരനെ എന്തിനു നമസ്കരിക്കാം അറിവുള്ള ആളാണെന്നറിയാം നല്ല ബുദ്ധിയുള്ള ആളാണെന്നറിയാം അതൊക്കെ വാസ്തവം പക്ഷേ നമസ്കാരയോഗ്യത അത്ര കണ്ടൊന്നും കൽപ്പിച്ചിരുന്നില്ല വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ പ്രണമ്യ പ്രണിതായ കായം സാഷ്ടാംഗം വീണു പ്രസാദയേ ത്വാം അഹം ഈശം ഈഡ്യം അങ് ഈശ്വരനാണ് നമസ്കാരയോഗ്യനാണ് അങ്ങയ്ക്ക് ഞാനിതാ പരിപൂർണമായി ശരണാഗതി ചെയ്യുന്നു ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കണം പിതേവ പുത്ര സഖേവ സഖ്യു പ്രിയ പ്രിയാർഹസിവസോം മൂന്ന് ഭാവം ഒന്ന് ആസല്യഭാവം പിതേവ പുത്ര അങ്ങനെയും ഭഗവാന്റെ അടുത്ത് നമുക്ക് പോവാം ഭഗവാന്റെ കുട്ടികളാണ് നമ്മൾ എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ അച്ഛൻ നമ്മൾ കുട്ടികളും ചില സന്യാസികൾ ചില ഭക്തന്മാരൊക്കെ ഭഗവാനോട് വെച്ചുകൊണ്ടിരുന്ന ഭാവം പിതൃഭാവമാണ് തമിഴിലെ ശിവഭക്തന്മാരുടെ ഇടയിൽ ജ്ഞാനസംബന്ധർ അദ്ദേഹത്തിന് ഈശ്വരൻ പിതാവാണ് നമ്മുടെ തിരുവണ്ണാമലയിൽ തന്നെ ഒരു യോഗി ഉണ്ടായിരുന്നു അദ്ദേഹം സമാധിയായിട്ടിപ്പോൾ രണ്ടു വർഷമേ യോഗി രാംസൂരത് അദ്ദേഹത്തിന് ഭഗവാനോട് പിതൃഭാവമാണ് അദ്ദേഹം പറയും എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അദ്ദേഹം എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് അച്ഛൻ എന്ന് വെച്ചാൽ ഭഗവാൻ അപ്പൊ പിതാവ് പുത്രൻ എന്നുള്ള ഭാവം സഖേവ സഖ്യുഹു സഖാഭാവം സഖ്യഭാവം അതിൽ ഭക്തന്മാരിൽ തന്നെ സുന്ദരമൂർത്തി സ്വാമികൾക്ക് ഭഗവാനോട് അങ്ങനെ ഒരു ഭാവം സഖാവായിട്ട് ഈശ്വരൻ കൂട്ടുകാരൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നർത്ഥം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാവം വെച്ചാലേ ഭഗവാന്റെ അടുത്ത് അടുക്കാൻ പറ്റുള്ളൂ ജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഭക്തി ചെയ്യുമ്പോൾ ഭഗവാനെ അമ്പലത്തിൽ മാത്രം വെച്ച് പൂട്ടരുത് ഒന്നിലെ അച്ഛനും അമ്മയ്ക്കും നമ്മളോട് എത്ര അടുപ്പമുണ്ടോ അത്ര അടുപ്പത്തോടെ പെരുമാറണം അല്ലെങ്കിൽ ഭഗവാൻ നമ്മളുടെ സഖാവിനെ പോലെ കൂടെ ഉണ്ട് എന്നുള്ള ഭാവം എപ്പോഴും ഉണ്ടാവണം അല്ലെങ്കിൽ ഏറ്റവും നിഗൂഢമായ ഭാവമാണ് പ്രിയ പ്രിയായാർഹസി അതായത് ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനോടുള്ള ഭാവം പുരുഷൻ സ്ത്രീയൊന്നും വേണ്ട ഇവിടെ അർജുനനും പുരുഷൻ കൃഷ്ണനും പുരുഷൻ പുറമേക്ക് തോന്നിയാലും അർജുനൻ പറഞ്ഞ ഭഗവാനെ അവിടുന്ന് എന്റെ പ്രിയൻ ഞാൻ അവിടുത്തേക്ക് പ്രിയ അവിടുത്തെ പ്രിയയെ പോലെ ഒരു ഗോപികയെ പോലെ അവിടത്തോട് ഞാൻ പെരുമാറിക്കൊള്ളാം പ്രിയപ്രിയായാർഹസി ദേവസോടും ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കണം അദൃഷ്ടപൂർവം ഹൃഷിതോസ്നി ദൃഷ്ടയേന ചവ്യഥിതം മനോമേ തദേവമേ ദർശയ ദേവരൂപം പ്രസീത ദേവേശ ചഗന്നിവാസ ഇതുവരെ കാണാത്തതായ അത്യത്ഭുതമായ രൂപം ഞാൻ കണ്ടു അദൃഷ്ടപൂർവം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഉള്ളിൽ ആനന്ദവും ഉണ്ട് അതേസമയം ഭയനജ പ്രവ്യഥിതം മനോമേ ഭഗവാനെ മനസ്സ് കിടന്നു പെടയു പേടിച്ചിട്ട് കിടന്നു പെടയണു കാരണം കാലം കാലരൂപിയായിട്ടാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് ഭഗവാനെ ഈ രൂപം മതി ഈ അലൗകികമായ ഈ ഭയങ്കരമായ രൂപത്തിന് ഒന്ന് അടക്കാം എന്നിട്ടോ തദേവമേ ദർശയ ദേവരൂപം ആ പഴയ രൂപം തന്നെ എനിക്ക് കാണിച്ചു തരാം ഏത് രൂപം എന്ന് വെച്ചാൽ ഈ വിശ്വരൂപം കാണിക്കുന്നതിന് മുമ്പ് ഒരു രൂപം കാണിച്ചു കൊടുത്തു അതിനെയാണ് അല്ലാതെ സാധാരണ കൃഷ്ണ രൂപമല്ല ശങ്കരചക്ര ഗതാപാണിയായിട്ടൊരു ദർശനം അത് കാണാനുള്ള മോഹം അർജുനൻ ഈ കാലരൂപം വേണ്ട ശങ്കരചക്ര കഥാപാണിയായിട്ടുള്ള സഗുണരൂപം കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷുമഹം തഥൈവ തേനൈവ റൂപേണ ചതുർഭുജേന സഹസ്രബാഹുഭവ വിശ്വമൂർത്തേ ഇപ്പൊ സഹസ്രബാഹുവായിട്ടാണ് നിൽക്കണത് ആയിരം കൈകളോടുകൂടെയും അനേക സഹസ്ര ശിരസുകളോടുകൂടെയും ഭയങ്കരമായി നീട്ടി ജോലിച്ചുകൊണ്ടിരിക്കണ നാക്കോടുകൂടെയും ലോകത്തിന് വിഴുങ്ങുന്ന വക്ത്രത്തോടുകൂടെയാണ് നിൽക്കുന്നത് അപ്പൊ അർജുനം പറഞ്ഞു ഭഗവാനെ ഇത് കണ്ട് എനിക്ക് പേടിയായി മതിയായി ഇനി ഇത് കാണണ്ട എനിക്ക് ശങ്കചക്ര ഗതാപാണിയായി ഗുരുവായൂരപ്പനായിട്ട് ദർശനം നിന്നാൽ മതി കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടമഹം തഥൈവ തേനൈവ ൂപേണ ചതുർഭുജേന സഹസ്രബാഹോഭവ വിശ്വമൂർത്തി വിശ്വമൂർത്തിയാണ് വാസ്തവം പക്ഷെ എനിക്ക് അതൊന്നും കാണാനുള്ള ധൈര്യമില്ല എനിക്ക് ചതുർഭുജമൂർത്തിയായിട്ട് ശംഖചക്ര ഗതാപാണിയായിട്ട് പീതാംബരധാരിയായിട്ട് നീലമേഘശ്യാമളനായിട്ട് വനമാലധരിച്ച് മുമ്പില് അങ്ങനെ പ്രകാശിച്ച് നിന്നാൽ മതി അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനനോട് പറയാണ് ശ്രീ ഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം എന്മേ ന്യേന ത്വന്യേന ദൃഷ്ടപൂർവം അർജുന മയാപ്രസന്നേന ഞാൻ പ്രീതനായതുകൊണ്ട് തനിക്ക് എന്റെ ആത്മയോഗം കൊണ്ട് ഒരു രൂപം കാണിച്ചു തന്നു ഇവിടെ ആത്മയോഗം എന്ന് വെച്ചാൽ മായാന്നർത്ഥം ഭഗവാന്റെ മായ മായാശക്തി കൊണ്ട് ഈ രൂപം കാണിച്ചു തന്നു തേജോമയം വിശ്വമനന്തമാദ്യം തേജോമയമായി വിശ്വത്തിന് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആദി പുരുഷന്റെ രൂപം കാണിച്ചു തന്നു ഇത് വേറെ ആരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അർജുനനെ പോലെ അവസ്ഥയിലുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ ത്വരൻ കാണാൻ എത്രയോ പേരാഗ്രഹിച്ചിരിക്കുന്നു ന വേദയജ്ഞാധ്യയനൈഹി ന ന ചക്രിയാഹി ന തപോഭി ഉഗ്രൈഹി ഏവം രൂപശക്യ അഹം നൃലോകെ ദ്രഷ്ടും ത്വദന്യേന കുരുപ്രവീര ത്വതന്യേന എന്ന് വെച്ചാൽ അർജുനൻ മാത്രം നല്ല അർത്ഥം കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഭഗവാൻ പറയാൻ പോണു ഭക്തി കൊണ്ട് ഇത് കാണാൻ പറ്റും ഇനി പറയാൻ പോണു അതുകൊണ്ട് ഭക്തി ആർക്കുണ്ടോ അനന്യയാ ഭക്തിയാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാത്തും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ പറയാൻ പോണു അതുകൊണ്ട് ഇത് അർജുനന് മാത്രം ഇവിടെ പാർഷ്യാലിറ്റി ഒന്നും ഒരിടത്തുമില്ല പക്ഷപാതമൊന്നുമില്ല ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഈ കാലപുരുഷ രൂപം ഇത് വെറും വേദാധ്യനം കൊണ്ടോ കുറെ യാഗങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ കുറെ ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ കുറെ കർമ്മപരിപാടികളിട്ട് നിർവർത്തിച്ചതുകൊണ്ടോ ഒന്നും ഇത് കാണാൻ പറ്റില്ല ഇത് കണ്ടതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഇതാ തനിക്കിഷ്ടമുള്ള രൂപം ഞാനിപ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മാതേ വ്യഥ മാ ചിമൂഢഭാവ ദൃഷ്ടാരൂപം ഘോരമീതൃ മമേതം വ്യപേദഭീ പ്രീതമനാഹ പുനസ്വം തേ രൂപമിതം പ്രപശ്യ ആ ഭയമൊക്കെ നീക്കിയിട്ട് എന്റെ പൂർവരൂപം തന്നെ ഞാനിതാ കാണിച്ചു തരാം കണ്ടോണ ഇനി പേടിക്കേണ്ട ഭയപ്പെടേണ്ട ഘോരമായ രൂപമൊക്കെ ഞാനിതാ മറച്ചിട്ട് ശാന്തമായിട്ട് തന്നെ പഴയ പോലെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സൗമ്യവപുഹു ആയിട്ട് സൗമ്യവപുസ് ആയിട്ട് പഴയ പോലെ തന്നെ നിൽക്കാൻ പോണു മാനുഷരു അർജുന ചതുർഭൂജ രൂപം ഒരിക്കൽ കൂടെ കാണണം എന്ന് പറഞ്ഞു മനുഷ്യരൂപത്തിലേക്ക് തന്നെ ഭഗവാൻ വന്നു അത് നമ്മളിനി നാളെ കാണാം നാളെ നമ്മളുടെ ഗീതായജ്ഞം പൂർത്തിയാവാണ് നാളത്തെ അവസാനത്തെ രണ്ട് ശ്ലോകം വളരെ പ്രധാനമായിട്ടുള്ള ശ്ലോകമാണ് ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവദേവേശംഭോ ശംഭോ മഹാദേവദേവ ഫാളാവനമൃത്കിരീടം ഫാളനേത്രാർച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലഹതാരാതികൂടം ശുദ്ധവക്ിന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവാ ശിവ ശംഭോ മഹാദ ശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജദ്ജംഗ അംഗേ വിരാജുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാ ഓടീകുരംഗം സിദ്ധസംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശംഭോ ംഭോ മഹാദേവേവാ നിിന്ദുതാശേഷോകേശവൈര്യപ്രതാ കാർത്താഗേന്ദ്രചാ കൃത്വാസം ഭജേ ദിവ്യസന്മാർഗന്ധു ശംഭോ മഹാദേവേവാ േശംഭോ ശംഭോ മഹാദേവാ കപ്പതർപ്പമീശം മഹേശം മഹാവോമകേശം കുന്ദിസൂര്യപ്രകാശം ഭജേ മാർബന്ധു ശംഭോ മഹാദവദ േശംഭോ ശംഭോ മഹാദവദൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേ സുവിനഃ സു സന് നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിത് ദുഃഖഭവേത് കാണുന്ന വചാ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാ കോയി യകളം പരസ്മൈ നാരായണയേത് സമർപ്പ